أعوذ بالله من الشيطان الرجيم <تصفيق> بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين فضيله تعلم علم படிச்சு മനസ്സിലാಕದಲ್ಲ ಅದನ್ನ ಮಹತ್ವ ಅರಿ അമ്മൽ ആയ സാധ്യമായ ആയിട്ട് പറയാല് മോമനീയരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു സംഘം അവര് പുറപ്പെട്ടാലെന്താ ഇതിന് വേണ്ടി എൽമി ദീനിലുള്ള എൽമ് കനത്തവാക്കാൻ പറ്റങ്ങൾ പുറപ്പെടാമായിരുന്നില്ലേ പുറപ്പെടണം എന്നതിലേക്ക് ആ ദൂരിപ്പിക്കുന്നു എന്താ പുറപ്പെടാത്തത് ക്കഹും അമൃതായുബല്ലത് ലത്തപ്പക്കഹു ലാമ് ഇല്ലത്തിന്റെ ലാമുണ്ട് ഡഫറാന്റെ എന്തിനാ പുറപ്പെടുന്നത് ഡിയു അവർ ഇരുമ കരസ്ഥമാക്കാൻ വേണ്ടി നീതിലുള്ള ഇരുമ അതിന് ബാക്കി പറയും അവർ മടങ്ങി വന്നിട്ട് ബാക്കിയുള്ള താങ്കളും ആ വിഷയങ്ങൾ പഠിപ്പിച്ചുകൊടുക്കും വേണം നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുകയും പറയും അതാ കരുതുക ആയാതുകൾ പറയട്ടെ അമ്മല്ലാഹു ിൽമൻ തനക്കുണ്ടാകും കൺ മൺ തലക്ക ഒരാൾ പ്രവേശിച്ചു തളിയെ കൺ എന്തെങ്കിലും ഒരു വഴിയില്ല നടന്നു പോകുന്ന വഴിയിൽ ഉണക്കൊന്നുമില്ല എന്തെങ്കിലും ഒരു ഉപാധി സ്വീകരിക്കുക എന്തിനെ യെസ് അത് പത്തിൽമൻ നീനിൽ അനിവാര്യമായ എമ്മിന് അയാൾ തേടുന്ന ഒരു മർഗം എന്തു ആവട്ടെ അത് നടന്നു പോക്കായാലും ആരും ഒരു സമീപത്തിലായാലും കൊള്ളാം ചോദിച്ചറിയലായാലും കൊള്ളാം കിത്താബ് നിർത്തലായാലും കൊള്ളാം പറയുന്നതിലേക്ക് കാതു വെക്കലായാലും കൊള്ളാം പഠിച്ചു പോയാലും കഴിഞ്ഞ ആലോചന നടത്തലായാലും കൊള്ളാം എന്തോ തരീസ് അതൊക്കെ എന്തെങ്കിലും മാർഗം സ്വീകരിക്കുക എന്നാൽ തനക്കുള്ളാഹുദിനീ തനിയെ കണ്ണിനല്ലെന്ന സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗത്തിലാണ് അള്ളാഹു താര അവരെ പ്രചരിപ്പിച്ചിരിക്കുന്നതെന്ന് ം ഇന്നൽമിക്ക തീർച്ചയായും അന്നാൻ്റെ മലാഖുകൾ ലിഹട്ട അവരുടെ ചിറങ്ങിനെ താക്കും എന്ന് പറഞ്ഞാൽ പറക്കൽ നിർത്തിവെക്കും എന്നാണ് ഒന്നിക്കില്ലേ ചിറകിനിങ്ങനെ പൊന്തിച്ചേക്കുന്ന ചിറകിനെ താത്ത പറക്കൽ നിർത്തിയില്ല ആ അല്ലെങ്കിൽ അവർ സ്വീകരിക്കുമെന്ന് അർത്ഥമുണ്ടല്ലോ രണ്ടർത്ഥം കൊടുക്കാം ആർക്ക് വണ്ടിയിൽമിനെ തേടുന്ന ആൾക്ക് വേണ്ടിയിട്ടില്ല താലിബുല എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞും കൊള്ളാൻ നമ്മുടെ മനസ്സിന് ഉറപ്പ് വരിക താലിബിന് കുഞ്ഞു നിർത്തിയില്ല നിങ്ങായാലും കൊള്ളാം അറുപത്തഞ്ച് അഴസിലുള്ള നിങ്ങളും താലിബുലാണ് എലിമിനെ തേടുന്ന ആളും നീ നർത്തുള്ളൂ അതിനിടെ വയസ്സ് അതെന്താ അരിമ അവൻ ചെയ്ത പണിയെ അവര് തൃപ്തിപ്പെട്ടതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് അവരുടെ പണിക്കർത്തപ്പോൾ അവർ അംഗീകാരം കൊടുത്തിട്ടുണ്ട് وقال صلى الله عليه وسلم لا انتخذوا فتتعلموا بابا وجابرا لا انتخذوا فتتعلموا بابا من العلم من நேரத்துనికి ราവില ണ്ട്ടോ ഫതതഅല്ലമ ബാബൻ മിനൽ ഇൽമി ഇൽമൽ പറ്റ ഒരു ബാബ മാത്രം നീ പഠിക്കുക ഖൈറുൻ അത് ഖൈറാണ് മിൻ അൻ തുസല്ലിയ മതറക 100 റകഅത്ത് സുന്നത്ത് കിങ്ങിടല കാണാ ഹൈറാണ് ราവില നീക്കുക എന്ന് വെച്ചാൽ ഇരുമ്പിൽ പെട്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാവ് പഠിക്കാം നൂറ് റക്കാത്ത സുന്നത്തിപ്പിക്കുന്നതിനേക്കാളാണ് സൈനൃതം ഇപ്പോൾ നൂറ് റക്കാത്തിന് ചുരുങ്ങിന് നൂറ് പാട്ടി ഓടീട്ടുണ്ട് നൂറ് പൂറത്ത് ഓടീട്ടുണ്ട് മുന്നൂറ് ദസ്ബി റൊക്കോയ് ചെയ്തിട്ടുണ്ട് മുന്നൂറ് ദശമി അറുന്നൂറ് ദശമി എത്ര മുന്നൂറ് എസ് ബി ആടെ ഉണ്ട് സുചോദനം ചെയ്തിട്ടുണ്ട് ഒരക്കാലത്തിന് ആറ് എസ് ബി ഐ എന്നുണ്ട് അല്ലേ അപ്പൊ അറുന്നൂറ് എസ് ടോട്ടൽ ആയിരത്തോളം വന്ന് ഇതെല്ലാം കൂടെ കൂട്ടിയാലും ഒരു ഒരു ഇൽമ് ബാബം ഓടിക്കുന്നതിൻ്റെ ദുഃഖം തകുതുവാ രാവിലെയാവുക ഇൽമിൽപ്പെട്ട ഒരു ബാബ് ഇക്കാളും ഇക്കാളും നോമ്പാണെങ്കിൽ നോമ്പ് എന്തെങ്കിലും മസല നോക്കാം അത് ഹൈറാണമിൻ നൂറക്ക ക്രിസ്ത്യയ്ക്കുന്നതിനേക്കാണ് ഹൈറാണ് എന്ന ഹരീത പറയുന്നു ഒരു ബാബ് ഒരാള് അതിനെ പഠിക്കുന്നു എന്നാ ദുഞ്ഞാവും ദുഞ്ഞാവിലുള്ള തകലതും കിട്ടുന്നതിനേക്കാണ് ഹൈദാവുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ താല്പര്യമില്ലേ എന്നാ ഇത് ദേശി തടയപ്പെട്ട മഹോമാണ് അവരിന്തെല്ലാം അസം കിട്ടിയത് നിങ്ങൾ എലിമിനെത്താഴണം ചൈനയിൽ പോയിട്ടായാലും ശരി എന്ന് പറഞ്ഞു അക്കാലത്ത് ചൈനയിൽ പോകാനും എനിക്ക് ബുദ്ധിമുട്ടാണ് അത്ര മാത്രം കഷ്ടപ്പാട് കഴിച്ചിട്ടെങ്കിൽ എലിമിനെത്താഴാണ്ട് രക്ഷയില്ല എന്നാണ് പറഞ്ഞുതരുന്നത് അന്ന് ചെന്ന് അറിയപ്പെട്ടിട്ടില്ല ീ അമേരിക്കയിൽ പോയിട്ട് സാധനം വാങ്ങണം എന്ന് പറഞ്ഞ അർത്ഥം എന്താന്ന് ഒരു കായത്താണ് ആ കാലത്ത് യാത്രയ്ക്ക് ഏറ്റവും ക്ലേശമുള്ളതിനെ ചൈന അപ്പൊ അവിടെ പോയിട്ടെങ്കിലും പഠിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ത്യാഗം ഭരിക്കേണ്ടി വന്നാലും ആ പഠനത്തിന് എന്ത് ചെയ്യാൻ പാടില്ല എന്നർത്തി അതിന് ആടെ മതീനത്തിനെക്കാണ് ചൈനയിലെന്താ ഇമ്പുണ്ടതിന് ഇപ്പൊ അതല്ല ചൈനയിൽ ആരാ ഇല്ലെന്ന് അതിന് അങ്ങനെ വരുത്തുന്ന അർത്ഥവും മദീനക്കാരോടെ മദീനയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ മദീനയില് ഇല്ലാത്ത ഇരുമി ചൈനയിലുണ്ടാകും അപ്പൊ ഇരുമിപ്പോ മടിച്ചട്ടിൽ വന്നാലും ഇവിടെ ഉണ്ടല്ലോ മൂന്ന് സ്റ്റെപ്പ് കയറിയ പൊള്ളു വെറുത്തു വെറുക്കുന്നുണ്ടാവും താഴെ കിടന്ന് തുടക്കനല്ലേ ചെന്നിപ്പോ അമ്പത് അറുപത് കൊല്ലം തീർത്ഥാടന സ്ഥലത്തും മുതലർക്ക് താഴെക്കുന്ന കൊല്ലത്തൊക്കെ ഒരു മസാലല്ലാ മുസ്ലിമായ ഓരോ വ്യക്തിന്റെ മേലിലും പർവായ കടമയാകുന്നുള്ളത് വലിയൊരു ഹസാനിയാണ് ഒരുപാട് പോപ്പുലർ അസോസിയേഷൻ നിധി എന്ന് പറയുന്നുണ്ട് ആ ആ നിധി തുറക്കണമെന്ന് താക്കോല് വേണം മഫാ തീ സുഹ അതിനുള്ള താക്കോലുണ്ട് അസ്വലോ ചോദിക്ക ചോദിച്ചാലേ പഠിക്കാൻ കഴിയും ഞാൻ ചോദിക്കൂലെന്നല്ല ഇരുന്ന് ഇങ്ങോട്ട് വെറ്റെന്ന് തന്നെ അറക്കൂല അറിയാത്ത ചോദിക്ക പഠിക്ക മനസ്സിലാക്കുക അന്തത്തിൽ ഇരുമ്പ് ചോദിക്കാൻ വേണ്ടി അന്ധത്തിന്റെ പ്രശ്നമാണെങ്കിലും ആ മൂലക്ക് ഇരുന്നോട്ടു അങ്ങനത്തെ അന്തക്കാർ ഇവിടെ അല അറിയണം പക്ഷോ നിങ്ങൾ ചോദിച്ചറിയു പയ്യന്നോ യോ ജനോൻ നാലാളുകൾക്കാണ് ഈ ചോദിക്കുമ്പോ കൂലി കിട്ടുന്നത് ഒരു ചോദ്യം കൊണ്ട് നാലാക്കാൻ കൂലി കിട്ടിയത് ഒന്ന് താതിരയും രണ്ടാമത് ചോദിക്കപ്പെട്ട ആരും മൂന്നാമതത് കേൾക്കുന്ന ആണ് നാലാമത്തത് അതിൽ ഇഷ്ടപ്പെട്ടാണ് നാലാ തൂല നാലാണല്ലോ ഒന്നാ സാതിരോ ചോദിച്ച വ്യക്തി രണ്ട് ഇതിൽ ഉത്തരം പറയാൻ പറ്റുന്ന ആരും ഉണ്ട് രണ്ട് മൊത്തം ഈ ചോദിക്കുന്ന ഈ പറയുന്ന കേൾക്കുന്ന ഒരാളുണ്ട് അത് ഇഷ്ടം വെക്കുന്നതാണ് ഈ നാലാളുകൾക്ക് ഭൂരി കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ എടുക്കുന്ന പാടില്ല അഞ്ചു അടങ്ങിക്കൂടുക എനിക്ക് ജഹരി മതി ഞാൻ ആരോട് ചോദിക്കൂല ഞാൻ പഠിക്കൂല എന്റെ ജഹരി മാറ്റൂല തീരുമാനിക്കുന്നു ഇതും പാടില്ല വലാലിൽ ആലിമി ആലിമിന് വെറ്റൂലു അയാളെ ഇൽമാണെ തന്റെ മൂടിയൊക്കെ ആകും പറ്റൂല അയാൾ ഇതും പറഞ്ഞു കൊടുക്കണം പിന്നെ ഇൽമാക്കിലുണ്ടാവില്ല മജിലിസിൻ ഒരു ആലിമിന്റെ മജിലിസിൽ അവിടെ പങ്കെടുക്കുക എന്നത് ോ അത് ഏറ്റവും അഫതലാണെങ്കിൽ ആയിരം അമക്കാലത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ അഫതലാകുന്നു എന്ന് അബൂതങ്ങളും നിങ്ങാലിമു നമ്മാലും അല്ലല്ലേ ഈ വസാതിമാരും നമ്മുടെ ആര്യന്മാരാണ് നിമാാതിലാരവും നമ്മുടെ ഈ സ്ഥലത്തിന്റെ ആര്യമോ ഓർന്ന് ആ ഓർമ്മ അതിലും സൈ നമ്മല്ലാതെ ഹാൻഡ് മുട്ടാലും നിങ്ങൾ وحياذة بألخ مذيمن آيراً دوغنة صنرسيك ندريك وفضل آب النور وشهود ألخ جنازة آيراً جنازة الفغلق ندريك وفضل آب النور عالي من دل مجلس التصمير ميشون فقيل يا رسول الله فنجور شمال رسول <سؤال> الله ومينك رات القرآن قرآن أول ملك رفضل آبون يورك ഇപ്പൊ കാലത്തൊന്നും ആ വേറെ ഇതൊക്കെ ചോദിച്ചു മഹാൻ ജമ്പാണ് ഇല്ലാതെങ്കിലും ഇരുമ്പില്ലാണ്ട് കുറാൻ എങ്ങനെ ഉപകാരത്തിനടുത്ത് കുറാൻ എങ്ങനെ ഓത് എങ്ങനെ മനസ്സിലാക്കി ഇരുമ്പില്ലാണ്ട് ഇരുമ്പില്ലാണ്ട് കുറാൻ അതാണ്ട് ചെയ്തല്ല ആ ഇന്ത് പഠിക്കാത്ത മനിയാ കുറാൻ ഓതലും വ്യാഖ്യാനിക്കലൊക്കെ ആ ഡിസന് ഓർത്തൊക്കെ ഡിസനിയും വേണ്ട പിള്ളേർ അങ്ങനെ തന്നെ ഡിസന ഒന്നുമില്ലാതെ നോക്കും കൊണ്ട് പഠിച്ചാർക്കുണ്ട് വരും ാണ് പറഞ്ഞ് ഒരാൾക്ക് മരണം വന്ന് അയാൾ തേടുന്ന വിദ്യാർത്ഥിയായിക്കൊണ്ടാണ് അയാൾക്ക് മരണം സംഭവിച്ചത് എന്തിനാ ഇൽമ് തേടുന്ന ഇസ്ലാമിനെ അയാത്താക്കാൻ സ്വന്തം ജീവിതത്തിൽ ഇസ്ലാം ആയാൽ നിർക്കുള്ള വാറാളം ഇസ്ലാമിനെ ഹയാത്താക്കാനുള്ള ആവശ്യത്തിനാണ് ഇന്ന് പഠിക്കുന്നത് എന്നാൽ ഈ മെരിച്ചുപോയ ഈ അവന്റെയും അമ്പിയാക്കളുടെ ഇടയിൽ ധർജത്വം ഒരറ്റ തെറിയ വ്യത്യാസമുള്ളൂ ഒന്നിന്റെ ഭൂപത്തിന്റെയും അർത്ഥം വലിയ ഒരറ്റ വ്യത്യാസമില്ലാതെ ഒന്നുമില്ല എന്നത് അത്തരം പറമ്പിലേക്ക് എത്തിപ്പോ കാരണം അമ്പിയാക്കൾക്ക് ഇൽമ ബിൽഫയില് കിട്ടിയിട്ടുണ്ട് ഇവൻ തേടുന്ന ആളല്ലായിട്ടുള്ളു അപ്പൊ ആയിട്ടൊരു പടി കുറവുറച്ച പഠിച്ചു കിട്ടിയ ആളാണെങ്കിൽ അമ്മയൊക്കെ കിടക്കാനുള്ള പണി മുഖത്തില്ലെങ്കിലും പണിയെടുക്കല ഇത് തേടുന്ന ആളായി തരുന്നുമിനെ തേടുന്ന ആളായിട്ട് എന്താ അറിയാം ഞാൻ താഴ്മ കട്ടി തേടിയെന്ന് അപ്പനി പറയുകയെ താഴ്മ പ്രവർത്തിക്കണം അങ്ങനെ ഞാൻ ദലിയിലാക്കി പ്രവർത്തി താലിബായി നോക്കുമ്പോഴോ നാട്ടിൻ നാനാ ഭാഗത്തും മക്കുലും പാചകണ്ട് ഞാൻ വലിയ യുദ്ധത്തിലല്ല മാറി പോയിരിക്കുകയാണ് അതിന് പകരങ്ങൾ വന്നതിന് ഇടതല്ല നാളെ ഇതേ ഭാഷ വന്നിട്ട് മക്കളും പായിക്ക് വരുകയാണ് ഓർവന്ന് കിട്ടണോ ഞാൻ പോയതോ ഞാൻ ഇരുപത്തി ആറാം വാണ്ടി ആക്കുറിച്ച് ദലിയിലായിട്ടുണ്ട് മക്കാലിക്ക് കാലം ഇവനെ അഭിമുഖിച്ചും പറഞ്ഞിട്ടുണ്ട് ഏ പറയുന്നത് മാറായിട്ടിത്തു എബിനെ അബ്ബാ സങ്കടം പോലൊരാളും ഞാൻ കണ്ടിട്ടില്ല എന്താണെന്നായിട്ടു ഓറെ കാണുകയാണെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മുഖം സുന്ദരമായ ഒരാള് വേറൊരാളും കണ്ടിട്ടില്ല എന്നാണ് ആരാ നാള് കുറയ്ക്ക് മനുവാദി അബ്ദോ തലീഫിന്റെ വേറെ കുട്ടിയാണ് അപ്പായ ആ അച്ഛനുണ്ടാകോളുണ്ടല്ല അതായത് തങ്ങളെ കഞ്ചേക്ക് ശേഷം നാണി പിന്നെ അഭിമുഖയിക്ക അല്ലേ പറയുന്നത് ഏത് വധൻ എന്ന് പറഞ്ഞ മുഖകുന്ദരൻ തന്നെയാണ് അർത്ഥം വൈദ തകല്ല അവരെങ്ങാണ് സംസാരിച്ചാൽ പാടപന്നാതി നാവിനാൽ എത്ര മാത്രം കുടതയുള്ളാണ് വൈദ സ്വസവ് കൊടുക്കുകയാണെങ്കിലോ ഏറ്റവും അധികരിച്ചാണ് ഉത്തുകൂടം നോക്കി ബ്രും കാഴ്ച വളരെ സുന്ദര സംസാരിക്കുകയോ നാവിന്റെ മാസാമർയം സ്വസവ് കൊടുത്താലോ ഇൽ മിസ്റ്റർ അധികരിച്ചാലോ ഒരാളെ കാണുന്നു ആ അവസ്ഥയിൽ പോയി നോക്കി ബക്കാലി ബിൻ അൽ മുബാറു റഹ്മ പറയുന്നു അരിമല്ലം യെസ് ഇൽമിനത്ത് അടാത്ത ഒരു മനുഷ്യന്റെ കാലത്ത് ഞാൻ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് ഇവനെങ്ങനെയാണ് ഇങ്ങനെ ഇത് കൈച്ചൂട്ടുന്നു ഇവർക്കെങ്ങനെ ഈ പൊതുജനത്തല്ല ഇത് ജീവിക്കുന്നെങ്ങനെയെന്നാവും കൈപ്പ തോഹു നഫ്തഹില മക്റുമ്മത്തിൻ ഇവന്റെ നഫ്തിവന മറ്റൊരു മക്റുമ്മത്തിലേക്ക് എങ്ങനെ ക്ഷണിക്കുന്നു ഇവൻ ഇൽമിതടാൻ പോകില്ല ബാക്കി പന്നായിലെല്ലാം പോലീസെല്ലാം എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ നടക്കുന്നു ഞാൻ അജമിരും മക്കാല ബാദുഹക്കമാർ പറയുന്നു ഇന്നീല ഇജാലൻ ഞാൻ ഒരൊറ്റ മനുഷ്യരോടും എനിക്ക് കാരുണ്യം തോന്നാറില്ല കാർ അഹമ്മത്തിയിൽ അഹദിരജുലി രണ്ട് കൂട്ടക്കാരോടും എനിക്ക് കാരുണ്യം തോന്നും പോലെ വേറെ ആരോടും കാരുണ്യം തോന്നുന്നില്ല ആരെല്ലാം തെളിഞ്ഞോ ബ്രജുലും എത്ര പോലും ഇരുമ ഒരു കൂട്ടർ ഇരുമയെ തേടാൻ മെനക്കെടുന്നുണ്ട് പക്ഷെ ഒന്നും എനിക്ക് തിരിയൂല മെനക്കെടുന്നുണ്ട് പക്ഷെ ആ പാവത്തിനൊന്നും തിരിയുന്നില്ല വേറെ കൂട്ടോ തിരിയുന്ന ആളുണ്ട് പക്ഷോ പോവില്ല പഠിച്ചാൽ തിരിയും പക്ഷെ പിടിക്കൂല മറ്റവനാവുന്ന ഇച്ചിരക്കെട്ട് പഠിക്കും പക്ഷെ പഠിച്ച തിരിയൂല ഈ രണ്ട് കൂട്ടറോടെ എനിക്കും അല്ലാതെ വേദന നോക്കി പോകുന്നു ഓർ അർജുന ജഫം നിൽമ ഇരുമിനെ തിരിയും പക്ഷെ വലാടത്തിന് പോകും അത് കേടാൻ പോകില്ല പഠിച്ചാൽ തിരിഞ്ഞ ആളാണ് പക്ഷെ പിടിക്കൂല وقال <سؤال> ابو الدرداء رضي الله عنه പറയുന്നു لئن تقال لنا مسالة تنحب الي من قيام ليلتين ورتد مصل انا മടിക്കാനുള്ളത് ആ രാത്രി മുഴുവൻ നിന്ന് വസ്തിക്കുന്നതിലേക്കാണ് എനിക്ക് ഏറ്റവും ഹൈദ അദഹുന്ന അബൂ الدرദാവ തഹദി രാത്രി മുഴുവൻ നിന്ന് വസ്തിക്കുന്നതിനേക്കാണ അഹബ്ബാണ് ഒരു മസല മാത്രം പഠിക്കാനുള്ളത് ിമൻ അത് മുത്താലിമൻ അത് മുസ്മിദൻ വരാത്തക്കു നിർവിയാണ് സാധാരണ അഞ്ചാം അറിയത് നീ ഒന്നിക്ക് ആലിമാകണം എന്തെങ്കിലോ നീ പഠിച്ചത് മുത്താലിമാകണം മുത്താലിമകളിലെ പൊട്ടിയും കെട്ടലിടത്തും മുണ്ടാക്കല്ലാം കെട്ടി പോകുന്ന ആളെന്ന് തന്നെ അർത്ഥം അങ്ങനെയൊന്നും അർത്ഥമില്ല എവിടെ നിന്നാണോ ഇങ്ങോട്ട് അതിന് അത് കിട്ടാവടത്തിൽ ബൈക്കിയെ പഠിക്കരുതെങ്കിലും ചെയ്തോ മുത്താലിം എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ന് അറിയപ്പെടില്ലെന്നാദിനും ഉണ്ടാക്കലും കെട്ടി സൂപ്പുക എല്ലാം എടുത്തിട്ട് എന്താകണം വളരെ കൊണ്ട് കൂടണം എന്തൊക്കെയാണ് അതിനൊരു വട്ടൻ ചായ വേണോ പിന്നെ യൂറീൻ ഉണ്ടാക്കണം പിന്നെ കല്ലച്ചടിക്കണം പിന്നെ വിൽക്കാൻ പോകണം എന്തൊക്കെയാണ് ഇപ്പം കട കൂട്ടേ നല്ലമാണെന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പത് കിട്ടാൻ വേണ്ടി അധ്വാനിക്കുന്നതാണ് എന്തോ ആയിക്കോട്ടെ ഏത് ജപത്സരണങ്ങളെ കലാമ ആധാറല്ലോ ഉൾക്കൊള്ളിക്കുന്നു അത് വലിയ ബോധമിന് എന്ന് പറഞ്ഞത് അത് കാണില്ല അലിമും മുത്താലിമും ഹൈരന്റെ വിഷയത്തിൽ കൂറുകാറാണ് ഇത് രണ്ടിനുമില്ലാത്ത വേറെ ഹൈറുണ്ടാകുണ്ടല്ലോ ഇവരല്ലാത്ത അവർ ഹമദിൻ നാൽക്കാല വിധങ്ങളും മാതിരിയാവുന്നവർക്ക് ഒരു ഹൈറുമില്ല ഒരു ഹൈറില്ല ഈ രണ്ടിൽ പെടാത്ത അല്ലൊരു മുത്താലിമ് പൊട്ടിയെടുത്തിട്ട് നമുക്ക് എപ്പോ നിങ്ങൾ പള്ളിക്കൂടങ്ങൾ അങ്ങനെ അർത്ഥം ഇല്ലല്ലോ ഇൽമ നടക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് അത് അത് പങ്കെടുക്കണമെന്നതിന് അർത്ഥമുണ്ടോ ഒരാ തക്കുനിർവാഹിയ നാലാമത്തൊരു പാർട്ടിയുണ്ട് അതും ഞായി പോണ്ട ആരാത്തൊരിക്കും ഞാനാ കായി പോകുന്നു ഒന്നിക്കാരി മായ്ക്കോ അല്ലെ മുട്ടാലി മായ്ക്കോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളായി ആയിക്കോ ഇങ്ങനെ കേട്ടിരിക്കുന്നില്ല അകണ്ടുള്ളി പറയുന്നതിന് കേൾക്കുന്നതല്ലേ വേറെ ഇപ്പൊന്നും ചെയ്യൂല പിത്താൻ മഴയ്ക്കലും നമ്മുടെ ഉണ്ടക്കനും മറ്റാത്തിന്റെ ആടിനോട് ചോദിക്കലും പരസിലും പിടിക്കലോ ഒന്നും കൊടുത്ത് നടക്കുന്നു അങ്ങനെ കടു മുടക്കുള്ളൂ കല്ല ഒരു തക്കോളി മാതല്ലേ ഒരു അധ്വാനിടപാടല്ല മുസ്തമിനൊന്നും വേണ്ട അടവിക്കേ പോന്നു പറഞ്ഞു മതിലിശിരിടല്ല കളിതമാശയുടെ എഴുപത് മതിലിസിന്റെ ദോഷങ്ങൾ കൊടുത്തിട്ടുണ്ടഹു എന്ന് പറഞ്ഞാൽ അനാവശ്യമായ മജിലിശിരി എഴുപത് മതിലത്തിലാണെന്ന കുറ്റപറിക്കാൻ ഇൽമിന്റെ മതിൽ വ്യത്യസ്തങ്ങളായ ആയിരം ആളുകൾ മരിക്കുന്നു എങ്ങത്താവിൽ രാത്രി സ്ഥിരിക്കുന്ന ആളാണ് കായ്മിൻ്റെ പകൽ മുഴുവൻ നോക്കുന്ന ആളാണ് അങ്ങനത്തെ ആയിരം ആൾ മരിച്ചാണ് ഈ അറിവനും അത് നിസ്സാരില്ല దనేకన్ మిమ్ మౌతి ఆలిమిన్ ఫకీరిన్ బి హలాలిల్లాహి మహరామిహి అల్లాహు బిన్ హలాలి హరామత వల్ హకా అల్లాహు బిన్ హకామిన కుర్త అరిన అదకై చేయుల్ల ఒక ఆలిమ మెకి ఒత్తర ఆలిమ మెకి అదినకన్ అ సారీల్లనాయిర అప్పని చిట్టుకున్నాలో సారీల్ల ఆవరాన వేడా మెకి ప్రశ్న ఉక్ వకాలా షాఫీయ్ రదియల్లాహు తవరీను తలబుల్ ఎల్ని అప్పగ నమినల్ హాఫితీ നാസിലത്താ എന്താ മനുണ്ടോ ആന്മം കുന്നത്ത് നിസ്കാരം ഒന്നും മാത്രം അർത്ഥില്ലല്ല നാസിലത്തിന് തത്തപ്പുഴ കുന്നത്ത് നിൽക്കാരം ഹെറാമു എന്ന് അർത്ഥം പൊക്കില്ല അവിടെ പത്തമിയിൽ കടന്ന് പുറന്നാക്കപ്പെട്ട നിസ്കാരം കള്ളം കിട്ടാൻ ബാക്കിയില്ലാണ് അകുന്നു ആണെങ്കിൽ തത്തോ സുന്നത്ത് ഹറാമു നിശ്ചയിക്കൽ എന്ന കയ്യിൽ നിന്ന് ചെയ്യുന്നു ഓർമ്മ നിസ്കാരം കടലാണ് തത്തപ്പുരഹറാമു എന്ന് പറഞ്ഞ് സത്തത്തിനർത്ഥം എന്താ കുന്ന അപ്പൊ നിക്ഷരിക്കറാമുള്ളൂ ബാക്കിയെ പുറത്തേക്ക് വർത്തമാനം പറഞ്ഞതിനാമൊന്നുമില്ല ഇന്നത്തെ നിക്കാരെ ആറാമുള്ളൂ എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് മനസ്സിലായിട്ടാണ് പുറമല്ലാത്ത എന്ത് കത്തമ്പുകളിൽ പൊട്ടില്ലേ സമയം എല്ലാം ഒരുപാട് അതിൽപ്പെട്ടല്ലോ സ്വന്തം നിസ്കാരം കത്തമ്പു നമ്മുടെ സ്വന്തം എന്ന ആ പോയിന്റ് അടുത്ത എന്താ ചോദ്യം കടമ ആ കടമ വെച്ചുകൊണ്ട് സമയം മറ്റൊന്നിന് കത്തവേണ്ട ആവശ്യത്തിന് ചിലവാക്കണ്ട ഒന്നും പറ്റില്ലാണെങ്കിൽ അർത്ഥം കിട്ടുക നൽകി കാര്യം ചെയ്യേണ്ടത് അവിടെ പുനഃത്തിക്കാരൻ മാത്രം അർത്ഥം കൊടുക്കുവോ പിന്നെ തിക്കാരെ ആറാമുള്ളൂന്ന് വെക്കുകയും ചെയ്തു അങ്ങനെ പ്രയോഗം എന്നെ അണ്ണാ ബച്ചാ തന്നെയുംുന്നത നിക്കാര ഹറാം എന്ന് പറഞ്ഞപ്പോൾ ഔലാഖിയാസേക്കി അഫ്ലു എന്ന് שאമിലായിട്ട് പറഞ്ഞു പിന്നെ പറയാൻ ഇല്ലണ്ട് നിക്കാരാമല്ലേ അത്ര അഫ്ലു അതുപോലും ഹറാം എന്ന് പറഞ്ഞാ പിന്നെ ലൈറ ഇതിനെ പറയാനില്ല നമ്മർന്ന് ഔലാഖിയസുന്ന നിക്കണ്ട അത് അത്രോനാ നിക്കാരോന്ന് അർത്ഥമില്ല അഫ്ലു തന്നെ สมൂലുണ്ട് മഖാദ് ഇബ്നു അബ്ദുൽ ഹക്കം റഹ്മഹുള്ളാ പറയുന്നു കുന്തു ഇൻ മാലിക്കിൻ മാലിക് റബ്ബിൽല്ലാഹി റുദൈലൈന്ന് നമ്മൾ അഖദ അലൈഹിൻ നിൽ മാലികി ഇരുന്ന് ഞാൻ ഓറെ നേരിൽ ഓന്നു എന്നിട്ട് ഓറുസാദായിക്കൊണ്ട് ഞാൻ ഇത് തോന്നും അങ്ങനെ മുഹു നമസ്കാരം കടന്ന് ഉച്ചരിക്കാൻ കൊണ്ട് ഞാനെന്താക്കി കിതാബന്റെ അടപടുത്തി വെച്ചു തക്കാല മാലിക്യമാവ് ചോദിച്ചിട്ട് മാഹ അത് ഇവിടെ നോക്കരാ മാഹ വെള്ളരി പുൽത്ത ഈ കൊട്ടവളിക്ക് ഞമ്മക്ക് അത് അന്ന് തലഗിരി തന്നതാണെന്ന് അത് അങ്ങ് ും തൈലി എന്താടിക്കുന്നു ഇവൻ അബ്ദുൽ ഹക്കമെ നീ എന്താ പരിപാടി ഏ കും തൈലഹി അഫമറമിമീദ നീയത്തെ തനിയാണെങ്കിൽ നീ ഇപ്പഴെന്നുണ്ടല്ലോ ഇതിനാക്കാണ് അഫമറൊന്നുമല്ല നീ പൊളിക്കുന്നതെന്ന് വെച്ചാല് അബുരത്തിലുള്ള ആ പെട്ടെന്ന് പിതാവിടക്കിന് പാട്ടിലുണ്ടല്ലോ അത് മൊഴി വിക്കാതെ ആ അത് അഫമരല്ലാന്നാ പക്ഷെ ജമാറ്റ് കിട്ടുമല്ലോ ഇവിടെ ജമാത്ത് അച്ചപ്പെടുന്നുണ്ട് ഇവിടെ കിട്ടാതെ പൂട്ടിവെച്ചാല് ഞാൻ ചോദിക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞാലും നിൽക്കുന്ന രണ്ടാണെങ്കിലും ജനാത്ത് കിട്ടില്ലേ പറയുന്നു ഒരാൾ മനസ്സിലാക്കുന്നതാണ് തലബുൽമിലേക്ക് നേരത്തെ പോക്ക് വേകിപ്പോക്കല്ല വേഗിപ്പോ കൈറേ എല്ലാങ്ങളെ ആറേ കാലിന്റെ ബസ്സിന്റെ മാസവും ആറേ കാലിന് മൂന്ന് ബസ് അങ്ങത്തെ മൂന്ന് ബസ് കരുതിയിട്ട് ഏഴ് ഇരുപത്തിയഞ്ചിന് ഞാൻ കണ്ണൂരും മാസൂലിയൊക്കെ എത്തിലുണ്ടല്ലോ ഇതേ മാതിരി മൂന്ന് ബസ് കരുതിയിട്ട് ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് കണ്ണൂർ എത്തിയ ദുർക്കത്തിന് ബോണോതി വിചാരിക്കാത്ത വായ്പയല്ല അയാൾ ദയിക്കുന്നതിൽ പോലിച്ചുണ്ടെന്ന് ഏറ്റുകാട് ചെയ്തു പോയാൽ അതിന് മാറ്റം ചെയ്തോ ഞാൻ അവൻ നിൽക്കാൻ കുത്തി വന്നാൽ കണ്ടപ്പോ ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടെന്ന് നിൽക്കേണ്ടോ എന്തോ പറഞ്ഞു ഇന്ന തങ്ങളെ നോക്കും ഓറെ അതിനെ കടക്ക് കേടുമുട്ടുന്നുണ്ട് അത് ചെറിയ തെളിവല്ല എന്ന് പറയുന്നത് പ്രശ്നം വരുന്നില്ല എങ്ങനെ ഓരോ ചെറിയ തെളിവല്ല എന്ന് പറയുന്നത് ചറയുടെ തെളിവ് നമ്മൾ കുറവാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ തങ്ങളുടെ നേതാവിനെ പറഞ്ഞു വേറെ നോക്കുന്നത് അപ്പൊ ഈ സമുദായം ഏത് വഴിക്ക് എത്തിപ്പോയി ആലോചിച്ചു നോക്കുന്നു ഖുറാൻ ആദിത്മാണിമ പോയിട്ട് വ്യക്തി കഴിഞ്ഞ പ്രവർത്തനം കളയുമ്പോ തെളിയിച്ചറിയുന്നു തലമില്ല ഇൻമ് മടിക്കലിലേക്ക് നേടലിലേക്ക് എന്താക്കണമെന്ന് രാവിലെ പുറപ്പെടുന്നു ഇത് ലൈഫ് ജിഹാദിൻ ഇത് ജിഹാദ് അല്ല എന്നൊരാൾ മനസ്സിലാക്കി പോയെങ്കിൽ പക്കത്തിന് അത്തക്കാൻ അക്കത്തെത്തി റഗി വഴക്കൻ ഈ അവന്റെ ബുദ്ധിയിലും റഗിലൊക്കെ ആകെ പോയായ്മുള്ള ഒരാളുടെ ഇപ്പോഴീ ജിഹാദായി കണക്കാ സ്ഥലം ജിഹാദിന്റെ അത്ര സ്ഥലം തോന്നിപ്പോയെങ്കിൽ അവന്റെ ബുദ്ധി ചിന്തിക്കാൻ ഒന്നുകൂടെ അഭിപ്രായം പോക്കാം അവന് ഇത് അകലുള്ള പൈസ നിങ്ങൾക്കോ നിങ്ങൾ വൈദ്യുതി വരാൻ പറഞ്ഞു സ്വന്തീച്ച് നാല് മണിക്കൂറോടെ കഴിഞ്ഞു അമ്മൽ ആയാത്തോലു ഇനി താരീമ പറയുന്നു പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടല്ല അത് അറിഞ്ഞതിന്റെ വാറാക്ക പറഞ്ഞോട്ടില്ല ആയാത്ത പറയുന്നപ്പൊ കോർദ്ധവതല്ല മതി അതിന്റെ ആയത്തിന്റെ വാക്യാലപ്പറം മിങ്കുല് പിന്നും പായ്ത്തുല് എത്തക്ക ഹൂ പിന്തി നീലറിവ് നടത്തമാക്കാൻ വേണ്ടി ഒരു സംഘത്തിന് നീ രംഗപ്രവേശനം ചെയ്തുകൂടായിരുന്നോ എന്തിറോ കൗമഹും അവളെ കൗമിൻ്റെ അറിയിച്ചു കൊടുക്കൽ ഇങ്ങനെയാണേ ഇങ്ങനെ ചെയ്ത ശെരിയല്ലേ ഇങ്ങനെ കാര്യം മോട്ടാതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ല ഇതാറ ഇരെയും അവർ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മടങ്ങി കൊണ്ടിട്ടാകുമ്പോ വൽ മുറാതുറോ എന്ന് പറയുന്നതാണ് താലീമും ഇരുസാദും കാര്യം പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്ക തെറ്റ് തെറ്റിക്കൊടുക്കുകയാണ് അതാ ഉദ്ദേശിക്കുന്നു അപ്പോഹോ താരാ വൈലിന് അഹളാഹും ഈ താക്കല്ല ഊ തുൽ കിതാബ കിതാബ് നൽകപ്പെട്ടവരായ അവളുകളോട് അള്ളാഹും താര കർശനമായ താക്കീൽ കരാറ് വാങ്ങിയിട്ടുണ്ട് തുബയ്യനില്ല യുബയ്യനിന്ന് അവർ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ സത്യം ചെയ്തുകൊണ്ടാണ് കരാറ് വാങ്ങിയത് വലായക്കുത്തും പോലും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നും ബഹു ഈജാബുള്ളി താരിയെ ഇത് പഠിപ്പിച്ചു കൊടുക്കൽ കർശനമായ വാജിപ്പാണ് എന്നതിലേക്കാണ് കൊണ്ടിരിക്കുന്നത് ആ ഓതുൽ കിതാബിൽപ്പെട്ട ഒരു കൂട്ടർ ഉണ്ടാക്കുന്ന ഹക്കിനെ മറച്ചുവച്ച് കളയുന്നുണ്ട് അറിഞ്ഞവരായിക്കൊണ്ട് തന്നെ അതല്ലാഹത്താൽ ആചരിക്കൽ ബഹുമ താരീ മുല്ലിൽ കൻ ഇൽമിനെ മറച്ചു വക്കൽ അറാമാണ് എന്നതിലേക്കുള്ള കൂടുതൽ ഞാൻ അമ്മ കാലം ബാഹു താനാത്തി സ്ഹാദത്തി അമ്മ ഞിക്കുന്ന പൈന്നും ആസിമും കൽബു എന്ന് പറഞ്ഞു ഏത് സഹാദത്തിനെ സഹാദത്തിനെ മറച്ചു വച്ചാൽ അവന്റെ കൽബ് ആസിമാണെന്നാ പറഞ്ഞത് കൽബിൽ തന്നെ കുറ്റം കടന്നുപോയി അപ്പൊ കത്തുമാൻ ആവശ്യമായ ഒരു സാധനം കത്തുമാനാക്കിയ കൽബ് കുറ്റക്കാരനാണെന്നാണ് കൽബുമായിട്ടാണ് കുറ്റം വന്ധിക്കുന്നത് ഇരുന്ന് എന്നുള്ളതോ മറച്ചു വെക്കാൻ പാടില്ല അപ്പൊ സഹാദത്തിലൂടെ ബ്യാസത്തിയോ അതേ പറഞ്ഞ കരാറില്ലേ ഇത് ആവശ്യമായ രംഗത്ത് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു കൂടണം ഒന്നും മറച്ചു വെക്കാൻ പാടില്ലെന്ന് അത് ജനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ വോട്ടിന് വിറ്റുപിടിച്ചും തല രീതി ജനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ലെന്നെല്ലാം പറയുന്നത് എല്ലാം പറഞ്ഞു ജനങ്ങൾ തെവീറ്റ് പഠിച്ചാൽ ഉണ്ടാക്കുമ്പോൾ ഇമാവിന്റെ എത്തി പിടിച്ചു കളിയെന്ന് പറയും അപ്പൊ ജനാലിന്റെ ആണ് പറയുന്നത് ഏതെങ്കിലും ആളിമൻ നമ്മൾ ഇൽമ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇല്ല അദ്ദേഹത്തെ പറയപ്പെട്ട കരാറ് അവരോട് വാങ്ങാൻ ഉണ്ടാവില്ലാണോ അത് ആ ഈ കരാറ് ആർക്ക് മാതകം തന്നെ ഇൽമിൽ എടുക്കപ്പെട്ടവരെല്ലാവർക്കും ബാധകമാണ് ചെയ്ത ആ കരാറ് എനിക്കും ബാധകമാണ് എന്താ കരാറ് അഞ്ചു എത്തുമൂലഹത കരാറും ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം ഒന്നും മൃഗിച്ചുവക്കാൻ പാടില്ല അന്നാഹു തഹാരാനെ കൊള്ള വിളിക്കുകയും സാരിഹായമൽ ചെയ്യുകയും ചെയ്തവനേക്കാൾ നല്ല കലാമ സംസാരമുള്ള ആളും അധ്യാനമുള്ളത് പതിനാലെ കൊള്ള ക്ഷണിക്കില്ലെന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചെയ്യും ഇങ്ങനത്തെ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊടുത്തത് ഹെക്കുമത്തിവൽ മൗക്കിബത്തിൽ ഹകന ഹിക്കുമത്തുകൊണ്ടും നല്ല ഉപദേശങ്ങളെ കൊണ്ടും നീ റബ്ബിനെ കൊള്ള ക്ഷണിക്കുകയും എന്ന് പറഞ്ഞു മഹാല താലാവി മുഖുമുൽ ഹിതാബൽ താതേതാ നബീ സാഹർ അലീമല്ല ഉപ്പ അറിയുന്നു കിതാബിനെയും ഹിക്കുമത്തിനെയും ജനങ്ങൾക്ക് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ವಾಮ್ಮಲ್ ಅಖಬಾರ್ ಇನಿ ಹಾದೀಸಗಳನ್ನು ಬರ್ಗೆ ಅಂಬಿಗೆ ರಸೂಲುಹು ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಾಬಂದ ಮುಆದ ರಜಿಯಲ್ಲಾಹು ನಜಬ ಮುಆದ ತಂಗಲ ಜಮನಿಗೆ ಅಮೀರ ಅಯಿ ಕೊಂಡಾ ಅಚೆದು ಕೊತಾಂಗಿ ಅಲ್ಲಾಹ್ ಯಹದಿಯಲ್ಲಾಹು ಬಿಕ ರಜುಲನ್ ವಾಯಿದನ್ ಖೈರುಲ್ಲಕ ಮಿನಲ್-ದಿನ್ ವಮಾ фиಹಾ ನೀ ಕಾರಣತಾನೆ ಎಷ್ಟು ಒರಾಸೆನೆ ಮಿದಾಯತಿಕುನು ಅಲ್ಲಾಹು ತಾಲಾ ಯಹದಲ್ ಅಲ್ಲಾಹ ಎಂಚಡೆ ಕೊಡ್ಕುನಾ ಅದೇ ಗಂಡ ಪಕ್ಕ ಏನಲ್ಲ ಮಿಕ್ಕಲ್ എന്തുകൊണ്ട് യാനമുൽ ഹിക്കുമത്തം നീ ലോകം ആനമുൽ ഹിക്കുമത്തല്ലാതെ വീട് ഉള്ള ഒരു മാധ്യമത്തിൽ കൂടിയാണ് അന്ന കാര്യം നടത്തരുത് അപ്പോഴല്ല ലഹൻ ഞാഹൂന്ന് വന്ന പ്രയോഗത്തേക്കായി അതിലേക്ക് വരുത്തി വിധിക്കാന്നറിയുമ്പോൾ ഞാനമിലേക്ക് നോക്കുകയും ചെയ്തു അപ്പൊ രണ്ടും കഴിഞ്ഞിട്ട് നീ മുഖേന അന്ന ഹിരാസിലാക്കുന്നു ആരാ പ്രദുരം വാഹന ഒറ്റൊരാളാ അപ്പൊ പ്രസംഗം കണ്ട പോകാൻ ആള് വേണമെന്നൊന്നുമില്ല ആട് വെച്ചിട്ട് മന്നാളെല്ലാം മുടക്കവും വരാത്താണ് ആളും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മേടിയില്ല ആട് വച്ച് മന്നാളാരി ആളെല്ലാം വരാത്ത ആള് മാത്രമാണ് ഓടുകൾ ആക്കുന്ന നീ മുഖേന നിന്റെ ഉപദേശം കേട്ടിട്ട് ും സകലത്തിനേക്കാണോ ഹൈറായി പോയിൽപ്പെട്ട ഒരു ബാബ ഒരാള് പഠിച്ചു എന്തിനാ പഠിക്കുന്നത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോന്ന് വെച്ചു ജനങ്ങൾക്ക് തെറ്റുവതിരിക്കാൻ ഇങ്ങനെ പഠിപ്പിച്ച് മനസ്സിലായി കൊടുക്കാൻ അതെന്ന് തന്നെ പഠിച്ചു വെച്ചു എന്നാലോ ഗോട്ടിയ സവാമത്തെ ശ്രദ്ധിക്കാത്ത എഴുപത് ശ്രദ്ധിക്കങ്ങൾ കൊടുക്കേണ്ട പൂജ നോക്കണ്ടു പറയുന്നു മൻ അലിമ ഒരാൾ അറിഞ്ഞു വ അമില അമൽ ചെയ്യുകയും ചെയ്ത് വ അല്ല അത് വാറാക്കെ പഠിപ്പിച്ചു നോക്കുകയും ചെയ്തു എന്നാ അല്പദാരി ആ വ്യക്തി എത്ര പണിയെടുത്തിട്ടുണ്ട് ഇപ്പോ മൂന്ന് പണി അയാളുടെ പേരെന്താണിയു മലക്കൂട്ടി സമാവാണലോകത്തിന്റെ മേലെ തട്ടി എന്താ പറയുക മലക്കൂട്ട് ഈ ലോകത്തിൽ എന്താ പറയാ നിലക്കൂട്ട് മോളിലെ ആകാട്ടലോകത്തിലെന്താ പറയാ മലക്കൂട്ട് ആ മലക്കൂട്ട് സമാവാ ഇവന്റെ താലപ്പേരെന്താണിയാ അഹുമാനപ്പെട്ടവൻ ഉണ്ടത് ബൈജോ وقال رسول الله صلى الله عليه وسلم പറഞ്ഞിടാ കാണാ يوم القيامه ആيامന്നാലായി കഴിഞ്ഞാൽ ബിജോ യഖൂലുല്ലാഹു സുബ്ഹാനഹു വതആല മരിനൂ ദിൽ ആബിദീന വൽ മുജാഹിദീന ആബിദീനോളോ ഇബാദത്തറ്റ കൂടെണ്ടല്ലോ മുജാഹിദന്ന ഇപ്പോട്ട മുജാഹിദല്ല കേട്ടാ അങ്ങനെ അർത്ഥമത്തെ കണ്ടോ യുദ്ധം ചെയ്ത യോദ്ധാക്കന്മാരുണ്ടല്ലോ അവരോടല്ല പറയുന്നത് ഉദുഹുൽ ജന്നലിന്മേൽ സ്വരത്തിലേക്ക് വിളിച്ചോ ഇല്ല ആദിമോ ആലിമിനോട് നീ പോകണ്ട നീക്കിഷ്ടപ്പെട്ട ആളെ തുടർക്കത്തിൽ കേറ്റി നീ ഞാദ്യോയൂരിൽ ഉലമാവു അപ്പൊ ഉരമായിനോട് ഇപ്പൊ തൽക്കാലം കേട്ടിട്ടില്ലല്ല ഉരമാ പറയുന്ന നമ്മൾ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത കാരണത്താലാണ് ഓർ ഇബാദത്തെടുത്തതും മറ്റോട് ജിഹാദ് ചെയ്തതൊക്കെ ഇൽമില്ലാണ്ട് ഓർക്കൊന്നും ചെയ്യാൻ കഴിയൂലല്ല അപ്പൊ എപ്പോഴുള്ള അപ്പൊ ഇവർക്ക് തോന്നിയതാ ഞമ്മക്ക് ഗുലി തരുന്നതിന് മുമ്പായിട്ട് മറ്റോ കണ്ടാക്കും കൂലി കൊടുത്തു പോയി ഞമ്മക്ക് നമ്മ മേക്കോട്ടായിപ്പോയിന്നാ തോന്നിയത് നമ്മൾ ഇൻമഠടുപ്പിച്ചു കൊടുത്ത കാരണത്താലല്ലേ അവർക്ക് ഇബാധത്തെടുക്കാനും ജിഹാദ് ചെയ്യാനൊക്കെ കഴിഞ്ഞത് അപ്പൊ അള്ളാഹു തല പറയുന്ന അം തുമ്മിന്റെ നിങ്ങൾ എന്റെ അടുക്കൽ ആരാന്നറിഞ്ഞോ കതി മലായിക്കത്തി മലായിക്കത്തിനെ പോലെയാണ് നിങ്ങൾ ഇപ്പോഴേ ദിവർഗത്തിൽ പോയി കുത്തിക്കാനല്ല നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചപ്പാറ്റ് ചെയ്യും നിങ്ങൾ ചപ്പാത്തി ചെയ്യിരിക്കപ്പെടൂന്നു അപ്പോൾ ചപ്പാത്തി ചെയ്യുന്നു തുമ്മർ ജെന്ന പിന്നെ സുഗത്തിക്കുന്നു അല്ല സർഗത്തിന്റെ നേട്ടത്തെ കട്ട് പോയിട്ട് അത് ഇങ്ങനെ വെറുതെ സൂചിച്ചിരിക്കലല്ല ചപ്പാത്തി ചെയ്യാനുള്ള അധികാരം കൂടെ ഈ പറയപ്പെട്ട പദവി ഇന്നമായിൽ മുത്താദ്ദി ബിത്താലിമി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊണ്ടെന്നാകണം മുത്താദ്ദിയാണ് ഇൽമ് പുറത്തേക്ക് ഒഴുകണം അങ്ങനെയുള്ള ഇൽമ കൊണ്ടേ ഇത് കിട്ടുകയുള്ളൂന്ന് നമുക്ക് പുറത്തു നിർത്തുക ഈ പദവി അല്ലേ ലാൽ ഇൽമുല്ലാസിമുല്ലദീനായ സഅ പുറത്തേക്ക് ഒഴുകാത്ത ഇൽമുണ്ടല്ലോ അതിനി കിട്ടുകയാണ് കാരണം നേരത്തെ പറഞ്ഞതാ ഈ ജിഹാദ് ചെയ്താക്കും ഇബാദത്തെടുത്താക്കും അവർ അവർക്കുള്ള ഉള്ളിൽ ഒഴുകാത്ത ഇൽമ തന്നെ ഇണ്ടല്ലോ എന്ന് അതിനു പുട്ടിരിക്കുന്നു ഇത് ആഭിഭിങ്ങം മുതലേന്ന് പറഞ്ഞ അതിന്റേതായ ഇൽമോർക്കുണ്ടല്ലോ പക്ഷെ അത് പുറത്തേക്ക് തിരിച്ചാണില്ല ഓർക്ക് ഓടാവശ്യത്തിനേ ഉള്ളൂ പുറത്തേക്ക് ഒഴുക്കാനുള്ള ഇൽമ ഈ മൂന്നാം കാണിൽ നടക്കുള്ളൂ എന്നാ പറയും ജനങ്ങളിൽ നിന്ന് അങ്ങനെ തന്നെ ഊരിയെടുക്കല കൊണ്ട് കോയല കലയിലേക്ക് വെച്ചു കൊടുക്കുന്ന പാർട്ടിയൊന്നും കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് അങ്ങനത്തെ ഒരു പരിപാടി അള്ളാഹ് ഇല്ലാന്നാ കഥകർക്കാട് പറയുന്നുണ്ട് ഇന്ത്യ കഴിഞ്ഞൊട്ടിയവർക്ക് പാർട്ടി വിട്ടുന്നില്ല പോലും സുഹൃത്തുട്ടുന്നില്ല പോലും കിട്ടാൻ വച്ചു നോക്കുന്നതേക്കൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഊതിയെടുക്കൽ എന്നത് ഉണ്ടാവില്ല എന്നാണ് ബാഡ് ആ യൂസ് അവർക്ക് ആ ഇൽമിന് അവർക്ക് നൽകിയതിന് ശേഷം അത് ഊതി കാണാനുള്ള പരിപാടിയില്ല ഇയാവുന്നതിന് ഇൽമിനെഹും നമ്മിലടുത്തേക്ക് ഒന്നാം അഫിലേക്ക് പിന്നെങ്ങനെ ഇൽമ പോകുന്നെങ്കിലെ വലാ ഹിഞ്ഞിത ഉലമാക്കന്മാരുടെ പോക്കോടുകൂടി ഇൽമ അടക്കം പോകാതെ ഉള്ളൂന്നും ഓരോ അടിക്കൊരു ജാർജിയിൽ കൊടുക്കാനുള്ള കഥയെല്ലാം പോയി അല്ലേ അയാൾ ചക്രത്തിന്റെ ആലും ആർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ല ഇനി ഒന്ന് ഈ അധീത്തിന്റെ ഇതിലായിട്ട് ഇബിനാന്റെ നിങ്ങൾ ഭരണന്മാർ അവതരിപ്പിക്കുന്ന കിസ്തെറിഞ്ഞു വരൂല്ലേ ആ കിസ്ത അങ്ങനെ തന്നെയാണോ ഉള്ളത് മക്കറിയില്ല ഭരണന്മാർ ആക്കത്തിന് കേട്ടല്ലേ അപ്പൊ നിങ്ങൾ പറയുന്ന ശരി തന്നെയാണോ അത് എന്നിട്ട് വേണ്ട ഹദീത്തിന് മാറണോ എന്ന് തരാൻ മറ്റൊന്നാമത് ഇത് ഹദീസ് നബവിയായ ഹദീസാണ് മറ്റേ ശേഷം ശേഷം വന്ന ഹിക്കായത്താണ് ഹിക്കാരത്ത് എങ്ങനെ ഹരീത്തിന് പൊളിക്കല് ഇക്കാരത്തോണ്ട് ഹദീത്തിന് പൊളിക്കൂല അപ്പൊ വർഗവാൾക്ക് നടത്താക്കിയിട്ട് അസുഖ പൊടിക്കേണ്ട മുന്നിൽ അത് സംഗതി ശരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഒപ്പിക്കാം ഒക്കെ തന്നെ അത് തട്ടിക്കളിയാം ഓരോ ആലിമു പോകും തോറും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇൽമോടുകൂടിയാണ് പോകുന്നത് അൽമ് ഇവിടെ പകരം കിട്ടാണ്ട് പോകുകയാണ് ഓരോരുത്തരും വയ്ക്കുമ്പോ ആ ഇൽമ അപ്പം തന്നെ നഷ്ടപ്പെട്ടു ചതക്കത്ത വെച്ചതാണ് അമത്തൊന്നാലും എപ്പത്തായ ഇൽമാവിനൂടെയോട് പോയത് ആദ്യം കിട്ടിയ വലിയ വൈദ്യനായിരുന്നു അതിന്റെ കുറിപ്പായിട്ട് ആടുപിസ്റ്റാ എത്ര വലിയ ഹക്കീമായിരുന്നു ആദ്യം കിട്ടിയാ അതിനോട് ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾക്കെടുത്ത് വേണ്ടുമൊക്കെ നൽകാനുണ്ട് അപ്പോയപ്പോ അപ്പം പറയു കോയര തലേക്ക് എത്തിയ കഥ ഒന്നും ഈ അദ്ദേഹത്തിനെതിരുന്നതൊന്നും സമ്മതിച്ചു നിർത്തിയില്ല അങ്ങനെ ബാക്കിയായില്ലാഹരിങ്ങളായ നേതാക്കന്മാർ അല്ലാണ്ട് ബാക്കിയാകുന്നില്ല അപ്പൊ ഇൻസുലു അവരോട് വല്ലതും ചോദിച്ചാൽ ഇൽമൊന്നില്ലാതെ പത്രം കൊടുക്കുക തന്നെ ഒരു വലിയ മൂലാക്കാണല്ലോ പാലമൂലം കെട്ടി നടക്കുന്നത് കാണുമ്പോ എന്ന് തോന്നി വലിയ ഭാഗ്യമാണ് സംഘടന നേതാവാണ് പ്രോസാഹും കൂടിയാണ് പ്രോസ്താദാകണ്ടേ ചോടാനും ചാട്ടാനും പിന്നെ മറ്റവർക്ക് പൊതുസാര കൊടുക്കാനും പൂക്കാനും പൊളിക്കാനൊക്കെ കഴിഞ്ഞപ്പോ മെമ്പറായി ചേർത്ത് നുണ്ടാക്കലും കെട്ടി നടക്കുന്നൊക്കെയൊക്കെ അവരോട് ചോദിക്കുന്നു അപ്പൊ പിന്നെ അവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നില്ല ഇരുമ്പില്ലാതെ കണ്ട് അവർക്ക് അത്തം കുടിയായി എരുമിന് അവരോട് ചോദിക്കപ്പെട്ട ഇരുമില്ലാതെ കണ്ട് ബസ്വം കൊടുക്കും അപ്പൊ ഇപ്പൊ യോഗിലൂന അവറും വെയിലെത്തിൽ മറ്റൊരാളെ വെയിലെത്തിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കാലം ഇത്തവണത്തെ നക്ഷത്രം മറ്റേ മൂലാർക്കുന്നത് ഇങ്ങനെയാണ് മൂലാർക്കാരുടെ നമുക്ക് ഇത്തന്നെ തിരിച്ചേറ്റി ഒരാളൊരു ഇരുവ പഠിച്ച് അത് ആ മൂടി വെച്ച് കളഞ്ഞു വേറെ പഠിപ്പിച്ചുകൊടുക്കണ്ട ഇൽമാൽ താൻ അയാളെ ബായിഞ്ഞാണിടും നരകത്തിൽ നിന്നൊരു തടിഞ്ഞാണ് ബിജാമെന്ന് പറഞ്ഞാൽ കുതേന്റെ നിയന്ത്രിക്കാൻ ആ കാരണം ഇയാൾക്ക് എന്താന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പറഞ്ഞുകൊടുക്കാത്ത ആണല്ലേ എന്ത് നിശ്ചിത് പറഞ്ഞുകൊടുക്കുന്നില്ല അതിനാണ് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ പിന്നെ ഗ്രാമം നാളെയാണ് മുണ്ടല്ല വായി കഴിഞ്ഞെടുക്കുന്നു അണ്ട് ഇയാൾക്ക് അറിയുന്ന ദേശം പറഞ്ഞുകൊടുക്കണോ ഏ മഹരത്തിൽ നൂതെല്ലാം പറഞ്ഞു കൊടുക്കണോന്ന് അതിന്റെ അർത്ഥങ്ങൾ വരൂല അയാൾക്ക് അത്ര മഹരത്തിൽ നൂരുകറിയാന്ന് വെക്കാത്ത അതെല്ലാം പറഞ്ഞു കൊടുക്കണോ കഴിഞ്ഞെടുക്കുന്നു പഠിച്ചിട്ട് അതുകൊണ്ട് ഒരാള് അടുത്ത ആ ഒരു സെക്രട്ടറും വരുന്നുണ്ട് ഒരു വലിയൊരു മലിനെ കണ്ടിട്ട് പറഞ്ഞ പോലും എനിക്ക് അന്നത് കുറപ്പിച്ചിരുന്നോ ദീപ്പം പഠിക്കണ്ട എനിക്ക് ഞാൻ ന്യായമായിട്ടില്ല പോകുന്നു അറിയോദിക്കോലും കെട്ടണോ അൽജമുഹു പിന്നെ അറന്നാ പറഞ്ഞു പിന്നെ എന്നാൽ കണ്ണത്തിൽ ഇപ്പം തന്നെ എന്റെ ഭാഗ്യം തന്നെ ഉണ്ട് കേട്ടിട്ട് വന്നു ആ കണ്ണിപ്പം തന്നെ ഇപ്പോൾ എന്റെ ഭാര്യത്തിൽ കയ്യാൻ ഇപ്പം തന്നെ അതിനാ പറയുന്നത് ഏതിൽമർത്ഥമൊക്കപ്പെട്ട് പഠിപ്പിച്ചു കൊടുക്കൽ അനിവാര്യമായി അർത്ഥമൊക്കപ്പെട്ടാണ് അവിടെ കൈതുകൊടുക്കണം എന്ന് പറഞ്ഞത് മുസ്ലിമിൻ നല്ല ഒരു ഹത്തമായി കൊടുക്കുന്ന സാധനക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി പ്രശ്നം അതിൽ ഏറ്റവും നല്ലത്യ്യ അതുപോലെ ഹതിയന്റെ കൂട്ടത്തില് ഏറ്റവും മുന്തിയത് ഉണ്ട് എന്താണെന്നറിയോ ഖനിമത്ത് ഒരു ഹിക്കിമത്തിന്റെ ഒരു ഖനിമത്ത് ഏ അത് നീ കേട്ടിട്ടു കേട്ടിട്ടോ അപ്പൊ ആ സ്വത്തു കാലം അതിന്റെ നിന്റെ മനസ്സിലാക്കി അങ്ങനെ തന്നെ മനസ്സിലാണ് ഉളപ്പിച്ചട പൊഞ്ഞു വെക്കുക അങ്ങനെ പറയാൻ നമ്മളെ ബുദ്ധിമുട്ടായി തോന്നുമ്പോ ഇനി അട പൊഞ്ഞു ഇത് നമുക്ക് ശമ്മാസിനെ കൊടുക്കുക അല്ലെങ്കിൽ സുഖിയാൻ കൊടുക്കാനും പറഞ്ഞു പറയും മനസ്സിന്റെ ഒളിപ്പിച്ചട വെച്ച് ഇത് ഡും മുസ്ലിമിൻ പിന്നെ മുസ്ലിം ആയ സഹോദരനെയൊക്കെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നു ഇത് ഡസു അത് അവന് പഠിപ്പിക്കൊടുക്കുന്നു നീടി ഹിമ ഹാക്ക മനസ്സിലാടെ ഒളിപ്പിച്ച് വെച്ചിട്ട് നമുക്കൊരു സഹോദരന്മാർ കണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കൊടുക്കണം ഞാൻ ഇങ്ങനെ എന്ത് കൊടുത്തിട്ടുണ്ട് തോന്നുകയാണ് എന്നാൽ എന്താറിയോ ഒരു കൊല്ലത്തെ ഇമ്പാദത്തിനുള്ള തുല്യമാണ് ആ ശരിമത്യൂന്ന ഒരു കൊല്ലത്തെ ബാധത്തിന് തുല്യം ദുഞ്ഞാവു മൽനത്താവിൽ അനത്താക്കപ്പെട്ടതാണ് മല്ലൂനും മാഫീഹ ആ ദുഞ്ഞാവിൽ ഉള്ള സകലതും മല്ലൂനാണ് ഇല്ലാ നിക്ഷിറന്നായി അന്നാലധിക്രോയിച്ചേ അന്നാലധിക്കൂനല്ല ദുഞ്ഞാവിൽ ആണല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ ധിക്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ നന്നാക്കി തീർക്കാൻ ആവശ്യമായ അതും അവ മാലിന്യമൻ അതുപോലെ തന്നെ ഹൈറ് പഠിപ്പിക്കുന്ന ഒരു മാലിന്യം അവ മുത്താലിമൻ ഇരുമു പഠിക്കുന്ന മുത്താലിമം കഴിഞ്ഞു അപ്പൊ നാലാളന്തെല്ലാം അൽഹൂലെല്ലാം ബാക്കിയെല്ലാം പിന്നെ എല്ലാം പോക്കണം ഒന്നിക്കന്നാൽ നിൽക്കിട്ടുണ്ടാണോ ഇല്ല നിൽക്കുന്ന സാഹചര്യത്തിന്റെ കാര്യം പോണോ ഇല്ല ഇരുമു പഠിക്കുന്ന ആളുകളോ ഇല്ല പഠിപ്പിക്കുന്ന ആളുകളാണ് വക്കാലത്തൊള്ളം മാലായിക്കത്തൂമ സമാവാതിഹീവ അർമിഹിത്തന്നില്ല തീർച്ചയായും അള്ളാഹുത്താന അവന്റെ മനുഷ്യർ ആകാശത്തിലുള്ളഹരിക്കാർ ഭൂമിയിലുള്ള ലഹരിക്കാർ എത്ര വരെ ഒന്നൊഴിയൂല ഹത്തന്നല്ല ഉറുമ്പ് വരെയും എവിടെ ഫിജുഹരി അതിന്റെ മാളത്തിൽ താമസിക്കുന്ന ഉറുമ്പുണ്ടല്ല അതുപോലും ഒഴിയില്ല പിന്നെ ഹത്തൽഭവത്തെ ഫിൽബാൻ സമുദ്രത്തിലുള്ള മത്സ്യം പോലും ജനങ്ങൾക്ക് ഹൈറ് പഠിപ്പിച്ചുകൊടുക്കുന്ന ആക്ക് വേണ്ടി അവരെല്ലാവരും സദാസ് എത്തിക്കൊണ്ടിരിക്കാൻ നിൽക്കാൻ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഹൈറ് പഠിപ്പിച്ചു വേണ്ടി ഇവരെല്ലാവരും കൂടി അവർക്ക് വേണ്ടി വേറെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്മരുടെ നേരൊക്കെ ഉണ്ട് അന്ന വേറെ അന്നാരുണ്ട് ഇതിനെന്ത് എന്താർത്ഥം ഈ ദ്വായിരല്ലാം എന്താണ് ഹൈദ പറയുന്നത് അമ്മ ഒഴിഞ്ഞിട്ട് നടപ്പിലാക്കി കൊടുക്കുക കേട്ടാ ബൈക്കോള്ളൻ പറഞ്ഞത് അദ്ദേഹത്തെ വന്നവൻ തന്നെ നല്ല ഹതിയാന്ന് പറഞ്ഞില്ലേ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ സഹോദരന് ഇപ്പൊ അത് ചെയ്തു കൊടുത്തിട്ടില്ല ഫാ ഇതൻ ഒരൊറ്റ ഫായിതയും എങ്ങത്തെ ഫായിത അഹ് അല ഏറ്റവും ശ്രേഷ്ഠമായ ഫായിത ഒരു മുസ്ലിം ഉപകാരം ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റവും ശ്രേഷ്ഠമായ ഉപകാരം എന്ന് പറഞ്ഞാൽ മിൻ ഹദി ബിൻഹസിൻ ഒരു നല്ല വാർത്ത ഒരു ഹരിത്തോ ഒരു ഇമുണ്ടോട്ടെ ബാലബഹു അത് അവന്റെ കൃത്യ ആ ബലബഹു അതെന്താക്കി ബലഹത്തി അതിനാൽക്കാണ് നല്ല ഒരു ഹരിയ ഒരു ഫായിദ ഇത് മുസ്ലിം അനുഷ്യം ചെയ്യാനില്ല എന്നതാണ് കലീമത്തൽ കൈലിമിനോ യസ്മൽ മോമിനോ എന്നല്ല വായിക്കുന്നുണ്ട് ചേർത്ത് വായിക്കുമ്പാലം പോയില്ലോമിനു വായിക്കണ്ട ഇങ്ങനെയാൽ അല്ല ഒന്നും ഉണ്ടാവില്ല നിനക്കൊരു ബുക്കിൽ കാച്ചു പോക്കപ്പെട്ട കിറാത്തൊന്നും വന്നിട്ടു കുഞ്ഞു അല്ല പറഞ്ഞത് തെറ്റാണെന്ന് മഹരിയായിട്ട് എന്റെ തെറ്റാണ് ഭാഷാ പറഞ്ഞ തെറ്റാണ് അപ്പൊക്ക് പോരാക്കന്മാരെ പുറത്തിന്റെ ഇങ്ങനെ കാച്ചുമ്പോൾ തെറ്റൊന്നും ഒരേ പണ്ടില്ല സമീന എല്ലാവരെയും കണ്ടു എങ്ങനെയാണ് വന്തു വന്ന് അല്ലതീൻ അല്ലതിന്റെ വസു എനിക്കറിയാത്തത് വസുലം തന്നെ ഉമ്മിത് വന്ദ് വരുമോ മദില്ല തന്നെ കട്ടാവില്ല അശരിയായ മദ് ഉണ്ടെങ്കിൽ തന്നെ വസല് അമ്പി കട്ടായി പറയുമ്പോ അശരിയായ മദ് തന്നെ ഉണ്ടാവു പറഞ്ഞില്ലേ നമ്മൾക്ക് വിടെന്നിട്ടൊരു അസ്തിയായ മത്തില്ലേ അൽമോമിൻ്റെ നമുക്ക് വന്നപ്പോ ഹാന്റെ മത അശ്രിമന്റെ മൂലില്ല ഇങ്ങനെ ഒരു ഹയറായ ഒരു ചതിമത്തം മോമിനായ മനുഷ്യനതിലെ കേട്ടു അല്ല എന്നിട്ട് എന്താവും അത് അയാൾക്ക് ഭേർതാക്ക പഠിപ്പിച്ചുകൊടുത്ത് അതുകൊണ്ട് അകലും ചെയ്തു എന്നാൽ ഒരു കൊല്ലത്തെ ഈ ബാധത്തിനേക്കാൾ ഹൈറാകുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ദിവസം പുറപ്പെട്ടു നാട്ടിൽ ഇവിടെ നോക്ക് ഒരു ദിവസം ി അങ്ങനെ രണ്ട് മജിലിസ് തങ്ങൾ കണ്ടു പറഞ്ഞു അതിൽപ്പെട്ട ഒരു മതിലിസ് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന മജിലിസാണ് അള്ളാഹുനെ കൊള്ളവർ ആഗ്രഹം വെച്ചുകൊണ്ടിട്ട് ദ്വാ ചെയ്യുന്ന മജലിസാണോന്ന് വസ്താനി രണ്ടാമത്തെ മതിലിച്ച് ജ്വഹി ജനങ്ങൾക്ക് ഇരുമു പഠിപ്പിച്ചു കൊടുക്കുന്ന മജിലിസുവാണ് അപ്പം രണ്ട് മജലീസുകൊണ്ടില്ലേ ഞങ്ങൾ പറഞ്ഞു അമ്മുലായി ഐ ഒന്നാമത്തെ മജ്ലീസുകാർ അവർ ചോദിക്കുന്നത് ഉദ്ദേശിച്ചാൽ അവർ ചോദിക്കുന്ന കൊടുക്കും അല്ലെങ്കിലും അമ്മ തടയാൻ പോയി വെച്ചാൽ തടഞ്ഞു അല്ലെ വം ഉലായി രണ്ടാമത്തെ മജ്ലീസ് ഏതാ പഠിക്കുന്ന മജ്ലി ി മോനന്ന താപറ ജനങ്ങൾക്ക് പഠിപ്പിക്കുക വൈന്ന മാി മാിമായി കൊണ്ടാണ് അല്ല എണ് അയച്ചത് അതുകൊണ്ട് ഞാൻ എവിടെയാ കൂടുന്നവർ തുമ്മ അടലൈലേഹിം പിന്നെ അവിടെ കൊള്ള തങ്ങൾ തെറ്റിച്ച് മതിലും ആ മതിലറ്റാണ് തങ്ങൾ പോയിരുന്നത് അപ്പൊ തങ്ങളെ മായിയത്തെവിടുണ്ടായി ഹിന്ദിനെ പഠിക്കുന്ന മതിലറ്റുണ്ടായിരുന്നു അത് തങ്ങളെ ഹിസ് ആയ മായി അങ്ങനെയാണെങ്കിൽ ശ്രമം നടന്ന മാനവീയ മയ്യത്തെപ്പുണ്ടെന്ന് പറയും പ്രത്യേകിച്ച് ഹജീ പഠിപ്പിക്കുന്ന തങ്ങളെ വാക്കെല്ലാം തിരിക്കുന്നേ മസലുമാനി എന്തുകൊണ്ടാണോ അയച്ചത് അതിന് പറ്റിയ ഉദാഹരണം എന്ന് പറയുന്നത് ഞാൻ താങ്കൾ അയക്കപ്പെട്ട കാര്യം എന്തല്ല മിനൽഹുത ഒന്ന് ഹിതായത് മറ്റൊന്ന് ഇൽമ് ഹിതായത്തും ഇൽമുണ്ടല്ലോ തങ്ങളെ കഴിയുമ്പോ കൊണ്ടാന്നത് അതിന് ഉദാഹരണം കമസലിൽ വയറ്റിൽ കത്തിയൊരു മഴന്റെ ഉദാഹരണം ഒരു മഴ മഴ പറഞ്ഞാൽ എന്താ അസാപൻ അതൊരു ഭൂമിയിൽ വീണു മഴ പിന്നാലത്ത് മിന്ന അപ്പൊ ഭൂമി എന്താന്നറിയോ മൂന്ന് തരത്തിലുള്ള ഭൂമി ഉണ്ട് ഇങ്ങനെ സക്കാലത്ത് മിന്ന ബുക്ക് ഒരു ഭൂപ്രദേശം കപിരത്തിൽ വെള്ളത്തിനങ്ങനെ തന്നെ ഉള്ളിലേക്ക് കെട്ടിക്കടക്കലൊന്നുമില്ല വെള്ളം വലിച്ചിട്ട് മണ്ണ് നല്ല പൊതിർന്ന് നല്ല ഇട്ടുണ്ടാവില്ലേ അപ്പൊ അവിടെന്താകും ഉപ്പാമ്പത്തേക്കു ബൽക്ക ധാരാളം പുല്ലുകളും പച്ച പൊടിച്ച സാധനങ്ങളൊക്കെ അതിന്റെ മുളച്ചുണ്ടാവും ഭൂമി നഞ്ഞിട്ടുണ്ടാകാം ഒരാ കുത്തോ ഉള്ളോ അല്ല പക്ഷെ പുല്ലു കൊടുക്കും അപ്പൊ ഇതാര ഉദാഹരണം ഉണ്ടാകുന്ന തങ്ങളൊക്കെ നിർമ്മ് കേട്ടിട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് അവയെ തന്നെ സ്വയം ഇങ്ങനെ അമൽ ചെയ്ത് കൊണ്ടിട്ട് നല്ല നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആഴത്തിൽ മസാല പഠിച്ചിട്ട് ഇങ്ങനെ മസാലകൾ കണക്കേറ്റ് ചോദിച്ചാൽ ചിലപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ട് അതുണ്ടാവും കുറച്ച് വെള്ളം കൊണ്ടാന്ന് പറഞ്ഞാൽ ആ മണ്ണിന്റെ ഭൂമി വെള്ളം തരാനുണ്ടാവില്ല പക്ഷെ വിറ്റിട്ടാ മുളക്കുന്ന അടച്ചുണ്ട് വക്കാലത്തി മാ മിന്ധ ബുക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഭൂമിയുണ്ട് അംതക്കത്തിൽ ആ വെള്ളത്തിന് അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്തു വെച്ച് അള്ളാഹു സുബാനഹുലബിഹാ ആ ബുഖത്ത കൊണ്ട് ഉപകാരം ചെയ്താ ജനങ്ങൾക്ക് ഉപകാരം ഇപ്പൊ ശരീരവും അതിൽ നിന്നെ വള്ളങ്ങൾ കോരി കൊണ്ടുപോയി കുടിക്കുന്നുണ്ട് അപ്പൊ ചക്രവും അവർ മറ്റുള്ള ഇതിനെ കുടിപ്പിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നു അപ്പൊ വെള്ളം ഒക്കെ അടങ്ങി നിർത്തുന്നു അപ്പൊ എന്നൊക്കെ രമീസുള്ള നാളും ഇതിനെ അങ്ങനെ തന്നെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എപ്പം വള്ളങ്ങൾ അല്ലാറുണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം ചെയ്തിട്ട് മറ്റുള്ളതൊക്കെ കോരി നിരക്കാൻ മാത്രം വെച്ച ആളുകളും സ്ഥലത്തിന്റെ അത് ഇത് മിസാൽ എന്തുമായിട്ടാണ് മർദ്ധനിഷ്ഠഭര എന്തു മനക്കാണ് ഇത് മറ്റുള്ളിലേക്ക് മുത്താദ്യണ്ടോ ഇന്ത്യയിലേക്ക് നോക്കിയിട്ടാണ് ഒരു കശ്മീർ നടക്കുന്ന അവസരത്തിൽ വർദ്ധ്യനിഷ്ഠനിൽ നിൽക്കുന്നുണ്ടോ ജൈദ് സിംഹത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞ എന്ത് വിഷയത്തിന് ആദ്യം പറഞ്ഞു ആ തനാത്തിന്റെ വിഷയത്തിലാണ് പറഞ്ഞാൽ അവിടെ നിന്നാ തീ എ കിടക്കുന്നത് അല്ലാണ്ട് ഇതായത് കാട്ടിലാണ് കൂടലയും ഓണിക്ക് ജടമുണ്ട് പിന്നെ നഖമുണ്ട് പല്ലുണ്ട് ആട്ടിനെ കിട്ടിയ തോലും അടിച്ച് കീഴിക്കണയും എന്നൊന്നും ആ തക്തിന്റെ വേനൽ അപ്പൊ എഴുതാപ്പുറത്ത് വായിക്കേണ്ട ആവശ്യമില്ല ആ എഴുതാപ്പുറം വായിക്കേണ്ട യാതൊരു ആവശ്യമില്ല വധുവിഷൻ അവിടെ പിടിച്ചോളാം ആ വളരാളായി ചെന്ന് ശരീരത്ത് കപ്പല് പോലെയാണ് അപ്പൊ കപ്പലോടുകൂടി മുങ്ങണ്ട അപ്പൊ തെരീ കത്തിക്കൂടി ആ കപ്പൽ വേണ്ട ശരീരത്ത് വേണ്ടെന്ന് ഇല്ലേ കിട്ടുന്നു ഞാൻ പറഞ്ഞ ബധുഷൻ തെറ്റിപ്പോഴത് ഇതിലും ബീ കത്തി ബീ കത്തിണ്ടെന്ന് അപ്പൊ മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന ഇൽമെന്താണോ അതിന് യാതൊരു മാറ്റത്തിരിച്ചിലും ഇല്ലാതെ പോയെടുക്കാവുന്ന ബഹുറവട്ടാരും നിങ്ങൾ വേറുണ്ടെന്ന് അർത്ഥം ഒക്ക ആനത്തു മിന്ന കായിക മൂന്നാമത്തൊരു വിഭാഗം ഭൂമിയുണ്ട് കിആാനുണ്ട് കിആാൻ എല്ലാത്തും കിആെന്ന് പറഞ്ഞാൽ ഈ എന്താന്ന് അതിനം തന്നെ എല്ലാത്തിൻ്റെ ആസംബിച്ച് കാരണം വെള്ളം അവിടെ ചോക്ക് ചെയ്യാനും കഴിയൂല അവിടെ പുല്ലും കൃഷികളും മുളക്കൊലും ഇല്ല അതായത് ഒന്നാമത്തെ ഭാഗ്യമില്ല രണ്ടാമത്തെ ഫാതൃം ഇല്ല ഗീതെക്കുറിയിട്ട് അതിലേക്കൂടി അങ്ങോട്ട് പോയി ഒരു ഒരു ഉപകാരത്തിനുമില്ല ഒരു കാര്യത്തിന് ബാധാക്കന് ഉപകാരം ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ പറഞ്ഞുകൊടുക്ക ഉപകാരത്തിന് കൊറേ കൊല്ലം മക്കത്താമസിനാണോ മക്കത്ത് ബാത്റൂം എവിടെയും വിശ്രസാണ് അത് അമോജലന്റെ മരം ഒഴിച്ചിരിക്കുന്ന ഒത്തരം കിട്ടും അങ്ങനെ അമോചന്റെ മരവേദി മുമ്പോട്ട് പണ്ട് അച്ഛനാറോ അപ്പുറം പൊളിച്ചു തന്നെ ഇങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കത്തെന്തോ അത് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് ഇപ്പൊ ഇന്ന ഇന്ന വാതിന്റെ അടുക്കലിനോ ഇന്ന കുന്നിന്റെ അടുക്കലിനോ അല്ലെങ്കിൽ ദമ്പങ്ങളുടെ അടുക്കലെന്നോ വേഗത്തിന്റെ ഇന്ന ഭാഗാണെന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയല്ലേ പണ്ട് അഹൂജല്ലേ പോയതായ ആണിപ്പം അക്കൂസാണെന്ന് പറഞ്ഞോട്ടേ ഇതായി പറഞ്ഞിട്ട് വേദന ഇപ്പൊ മൂന്ന് വിഭാഗം അല്ലേ പറഞ്ഞേ ഒന്ന് വെള്ളം അങ്ങനെ തന്നെ വെച്ച് കുടിക്കും ഉൽപ്പന്നങ്ങളുണ്ടാവും മറ്റൊന്നോ വെള്ളങ്ങൾ തന്നെ സ്റ്റോക്ക് ചെയ്തിട്ട് അതുപോലെ അതാണോ ഹതിഫിങ്ങൾ നബിയന്താ പദം അങ്ങനെ അവിടെ കൊടുക്കുന്നാണത് മറ്റേതോ ഓരോ പദവുമില്ല കേട്ടിനെ എവിടെ അങ്ങ് നിന്നുപോയിപ്പോ പല്ലു അല്ല മട്ടലൻ ഇതിന് മുന്തപ്പീ കണ്ടാ ഇരുന്നു കൊണ്ട് സ്വയം ഉപകാരം സിദ്ധിച്ചിട്ട് അതിന് ഫലവൃഷ്ടി ഉണ്ടാകുന്ന ഉദാഹരണമാണ് ഒന്നാമത്തെ വസ്താണി ബച്ചടവും മക്കളല്ല മറ്റുള്ള ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന പകർന്നു കൊടുക്കുന്ന രണ്ടാമത്തെ ഉദാഹരണം അന്നേരം സ്വയം ഉപകാരമില്ല എന്നെല്ലാം ഉപ്പർ പറഞ്ഞതാണ് വസ്താലിസ് മൂന്നാമത്തെ എന്നുള്ളതിൽ മെഹറൂമ മിനിമ രണ്ട് രാജ്യം കിട്ടാത്ത നഷ്ടക്കച്ചവടക്കാരനാണ് മൂന്നാമത്തെ ഉദാഹരണം ഒന്നുമില്ല അവിടെ നിങ്ങൾ കൊറേ കാലം കേൾക്കുന്നല്ലാണ്ട് ഒരു പതിവില്ല ഇപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങത്തെ അമരഹും അവന്റെ അമലെല്ലാം മുടങ്ങിയില്ല ഇല്ല മിൻസലാ മൂന്ന് കാര്യമുഴിഞ്ഞെ ഒന്നിൽ പെട്ടെന്ന ഇൽമിൻ യുദ്ധ സമിതി മറ്റുള്ള ആളുകൾക്കെല്ലാം ഉപകാരപ്രദമായ ഇൽമിണ്ട് അതിന്റെ കൂലി വന്നത് മസിലേക്ക് ബിരിയാണി കിട്ടാബ് ഉണ്ടാക്കിയത് സദാരി എത്ര പാട് കൂലി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലവൽമാമെല്ലാം പോയ അതിൻ്റെ പോലിക്ക് വല്ല കണക്കും ഉണ്ടാവും മസന വെറുതെ പോയിരുന്നാലും കിട്ടിപ്പോ എത്ര കിട്ടാൻ കൊണ്ട് കിട്ടുന്ന ശമ്പളം അങ്ങനെ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എത്ര ഭാഗ്യെ കിട്ടുന്നു എത്ര ദ്വായമൊക്കെ കിട്ടുന്നു എത്ര ആ ശുക്ര കിട്ടിപ്പോയത് ായ കാര്യത്തെമ്മിൽ അറിയിച്ചു കൊടുക്കുന്നതാണ് അത് ഹൈദ ചെയ്തത് ആക്ക തുല്യമാണെന്നാണ് പറഞ്ഞത് പിന്നോ തോസീ രണ്ടു കാര്യത്തിലല്ലാതെ കിട്ടാൻ കുടിക്കണ്ട വേറെ ആളെ കണ്ടാൽ അതുപോലെ എനിക്ക് ആളായിരുന്നു എന്ന് കിട്ടാൻ കുടിക്കലുണ്ടല്ല അത് രണ്ടു കാര്യത്തിലേ പറ്റുള്ളൂ ഒന്നാമതാ പ്രചുരോ അള്ളാഹു ഹിക്കിമത്ത് കൊടുക്കും എന്നിട്ട് നല്ല അറിവ് ആ ഇൽമനുസരിച്ച് അയാൾ നടക്കുന്നുണ്ട് അല്ലിമോഹൻ ജനങ്ങൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അറിവ് പഠിച്ച് അറിവനുസരിച്ച് കുറവത്തിൽ വേറൊരാൾക്ക് അറിവ് പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചത് അയാളെ അയാളെ തരക്കെല്ലാം നമ്മൾ ഇങ്ങോട്ടും ചോദിക്കില്ല നിങ്ങൾ എന്താ കാരണം ഉദ്ദേശമൊന്നും ചോദിക്കില്ലേ ഡ്രൈവറാവുന്നു അതിന് അത് എന്തെങ്കിലും സാൻഡാഴ്ച നടക്കുന്നൊരു പണിന്നല്ലാണ്ട് അതൊരു അത് ഒരാല്ല എന്താ എന്തിനാണ് ജീവിതം കഴിച്ചു കൂട്ടേണ്ടത് എന്നതാണ് അർത്ഥം നിന്റെ കുറ്റിയെ കുറിച്ചാണ് ഈ ചെറിയ കുട്ടിയാ കൊണ്ട് അതിന്റെ വ്യാഖ്യാനൊന്നും ചെയ്യില്ല അപ്പോൾ ഒരാൾക്കല്ലാവിട്ടെ നല്ല അറിവ് കൊടുത്തിട്ടുണ്ട് അറിവനുസരിച്ച് അയാൾ നടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് കാണാൻ അങ്ങനെ നായി കിട്ടിയ തിരക്കുണ്ടായിരുന്നു നാറ്റോക്കാർ ഓ റജുലും രണ്ടാമത്താരം എന്നറിയാം ആത്താ ഉള്ളാഹു ബാലൻ ഒരാൾക്കുള്ള കുറെ പണം കൊടുത്തിട്ടുണ്ട് പൊസല്ലത്ത് മല ഹെറുക്കത്തിൽ ഹൈറായ കാര്യത്തിൽ അയാൾ അടിച്ച് ചിലവാക്കുന്നുണ്ട് എന്നാലോ നിർമ്മം കൊടുക്കുന്നു എത്രയോ ആളെ വിശപ്പ് മാറുന്നു എത്രയും ആൾക്ക് ഉപകാരം കിട്ടിപ്പോന്നു അതേ മതി പുറത്തു നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ ആക്കിയിരുന്നു ആശങ്ക ഇതല്ലാണ്ട് ബാറ ഒന്നിട്ട് അതുപോലെ ആറ്റ വെക്കണ്ട ആവശ്യമില്ല വലിയ വിസലസ് കഴിഞ്ഞാൽ അനമ്പക്കം പണി ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നാട്ടുവെക്കുന്നതിന് അർത്ഥമില്ല പിന്നല കൊല എന്റെ ഖലീഫമാർ അമ്മേന് അല്ലാണ്ട് റഹ്മത്ത് ഉണ്ടാവട്ടെ താങ്കൾ ദുവാർ എന്റെ ഖലീഫമാർക്ക് അല്ലാണ്ട് റഹ്മത്ത് ഉണ്ടാവട്ടെ നീടെ അപ്പൻ ചോദിച്ചു അമ്മ കൊലപ്പാകാം അല്ലാണ്ട് അടീവസന്നം ആരാണ് തങ്ങളെ ഖലീഫമാർ താങ്കൾ ദുവാരനെ ആലതങ്ങൾ പറഞ്ഞ അല്ലതീനൂന സുന്ന എന്റെ സുന്നത്തിനെ അയാത്താക്കുന്നവരാണ് അവര് അതാണെന്റെ കലീബ ഇന്നതാ സുന്നത്ത് ഇന്നത് സുന്നത്തനെതിരാ എന്ന് പറഞ്ഞിട്ട് ആ സുന്നത്തിനെ അയാത്താക്കലുണ്ടല്ലോ അല്ലി മോന ഹൈബാഹി എന്നിട്ട് ആ സുന്നത്തിനെ മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഒന്നാമത്തതാ അയാൾ സ്വയം പ്രവർത്തിക്കുന്ന ആളായി രണ്ടാമത്തതോ അത് മറ്റുള്ള ആൾക്ക് സുന്നത്തിങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ആര് ദ്വാ ചെയ്തത് എന്റെ പുലപ്പായ അമ്ലാദ് റഹ്മത്ത് ഉണ്ടാവട്ടെ എന്ന് വാ ചെയ്തു ഞങ്ങൾ ദ്വാല്ലാസാറോ ഇനി ആസാറോ പറയട്ടെ അതായത് ഹദീസ് ആസാദിക്കാൻ തർത്തി കുറാനമായിട്ട് ഹദീസാകുമ്പദീത് ആധാർ എന്ന് പറഞ്ഞാലോ അതിൽ അവനൊക്കെ മാർ കലാമുണ്ടാകും തോക്കിയ കലാമുണ്ടാകും സാദികളുടെ കലാമുണ്ടാകും പല കഥ ഉമർ ഉറങ്ങിയല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ് അമൽ ഒരാൾ ഹദീസ് പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് അയാൾ അമൽ ചെയ്തു ഏ എന്നാലോ ഈ അമൽ ചെയ്താക്ക് കൊടുക്കുന്ന ഭൂരിതല്ല അത്ര ഭൂരി ആയിക്കോട്ടെ പഠിപ്പിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ഖൈറ പഠിപ്പിക്കുന്ന ആളുകൾക്ക് മുമ്പ് പറഞ്ഞ ഹദീതിന്റെ അനേക ശാന്യാണ് വ്രത അള്ളാഹുക്കാരെയും മലായിക്കത്തും ഉറുമ്പുകളും വരെയും എന്താക്കും പുറകണ്ടത്തോളൂ എന്ന് പറഞ്ഞത് അതെന്റെ കൂടെയും പറഞ്ഞത് അങ്ങനെ നടക്കില്ലല്ലുലമായി പറയുന്നു ആടുണ്ടല്ല അള്ളാഹുവിന്റെയും അവന്റെ പടപ്പുകളുടെയും ഇടമല്ല ആ കാര്യത്തിലാണ് ഇവരിടപെടുന്നത് എന്താന്ന് അള്ളാഹ്ക്ക് പടപ്പുകളോട് കൽപ്പിക്കാനുള്ള ഹക്കാം എന്താണ് വിധി വിലക്കുകൾ എന്താണെന്ന് ആര് കൈകാര്യം ചെയ്യുന്നത് ഈ ആലിമി കൈകാര്യം ചെയ്യുന്നു അപ്പൊ അള്ളാഹുവിന്റെയും പടക്കുകളെയും ഇടയിലുള്ള ഒരു പ്രശ്നത്തിലാണ് ആരിടപെട്ടെ ആരും ഇടപെട്ടത് അതുകൊണ്ട് എപ്രകാരമാണ് അതിൽ കടക്കേണ്ടത് എന്ന് ആരും ആലിമുണ്ട് ചിന്തിക്കേണ്ടതാണെന്നാണ് അതിലെത്രത്തോളം സൂക്ഷ്മതമാണ് ആ ഈ പടപ്പിനെയും ആ അള്ളാഹിനും തമ്മിൽ അകറ്റുന്ന രീതിയിൽ ഇവനിടപെട്ടുകഴിഞ്ഞാൽ ഒന്നും പുറത്തല്ലേ തെറ്റു പറഞ്ഞു കൊടുത്താൽ ആ പടത്തിനെയും പടത്തിനെയും തമ്മിൽ അവനകത്തിക്കണ്ടില്ലേ റമിയുള്ള കവിമായ അസ്കലാൻ അസ്കലാൻ എന്ന നാട്ടിന്റെ പേര് അവിടത്തേക്ക് വന്നു പിന്നകത്തലായൂപ്പർ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി വരാളെ മൂപ്പറൊന്നും ചോദിക്കുന്നില്ല ചോദിച്ചെങ്കിൽ ഇൽമ കുറച്ച് കൊടുക്കാമെന്ന് അപ്പുറത്തും ഒരു താല്പര്യമില്ല പക്ഷെ മറ്റൊരാളുണ്ടെന്ന് ചോദിക്കാൻ വരണ്ടേ വരൂല്ല ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്ത് പോയിക്കോടാ എനിക്കാണെങ്കിലും ഒരു വാഹന എന്തെങ്കിലും മണ്ടാട്ടെ പിടിച്ച ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയിക്കോടാ പറയുന്നു ആദാ ജമൂസ ഇൽമ് മരിച്ചു പോകുന്ന നാടാണ് ഇന്നാട് ആരും ചോദിക്കുന്നില്ല പറയുന്നില്ല ഇൽമ് മരിക്കുന്ന നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല എനിക്ക് ഒരു വണ്ടി പിടിച്ചാൽ ഞാനിത് വേറെ പൊയ്ക്കോളാം എന്നിട്ട് നിൽക്കുന്നില്ല അതെന്താ കാരണം വൈനമാ കാലതാരൂപ്പർ എന്താ പറഞ്ഞതിന്റെ അർത്ഥം ശീറത്തന്നല പേ മറ്റുള്ള ആളുകൾക്ക് ഇന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് മൂപ്പർക്ക് വലിയ ആശ വെച്ച് നിൽക്കുകയെന്ന് നടക്കുന്നില്ല ഒരാളെ ചോദിക്കാനും ബന്ധില്ല പറഞ്ഞൊക്കെ കേൾക്കാനും ആളു വേണ്ടേ അങ്ങനെയുള്ള ശബ്ദം ഇതേ രാജിവെക്കണമെന്നാണ് അർത്ഥം അതുപോലെ തനലിയും ഉപയോഗിച്ചു കൊണ്ട് എന്ന് ബാക്കി നിൽക്കണം അല്ലെ എന്ന് വരിക്കുന്നല്ലേക്കൽ ഞാൻ പോയി നോക്കുമ്പോൾ കഴിയുകയാമികളിൽ പെട്ട രണ്ടാളാണ് കുറ്റം മണ്ണ് വിട്ടവ് ഞാൻ നിൽക്കുന്നു മുഖ്യ മുഖ്യം പറഞ്ഞിട്ടും ഞാൻ കുത്തി ചോദിച്ചു ഞാൻ ചോദിച്ച് മാ ചുപിച്ചേക്ക എന്താണ് സൈദ് നിങ്ങൾ കരയുന്നത് ആരാപ്പോൾ ഓരോ പറയുന്നതിന് കാലത്തിൽപ്പെട്ട ഒന്നും ഒരാളും എന്നോട് ഒന്ന് ചോദിക്കുന്നേ ഇല്ല പഠിപ്പിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനും അത് ആദ്യം ഒച്ചാണ് ചോദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കരിയുന്നില്ല وقال بعضهم الا للനേതാകന്മാർ പറയുന്നു അൽവലമാ സൂറത്തുൽ അസ്മിനത്തി ഉദമാ ധവർനൽ കാലഘട്ടത്തിലെ വളക്കുകളാകുന്നു കുല്ല വാഹിനി ഓരോരുത്തരും വിതുമഹ ദമാനി ആ കാലഘട്ടത്തിലെ വളക്കാണ് യസ്തനീ ഉബിഹി അദുഅതിഹി അതിന്റെ ആളുകൾ വെളിച്ചത്ത് നടക്കുന്നത് അവർ വെളിച്ചത്തിൽ കൂടിയാകുന്നു തോർത്തി ഇനാ പറയുന്നില്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ മുഴുവനും മൃഗങ്ങളുടെ മാതിരിയാകുമായിരുന്നു അപ്പൊ അങ്ങനെ വലമായിൽ നിന്ന് ഇരുമ്പ് പഠിക്കാൻ കഴിയും എരുമ്പ് പഠിക്കുമ്പോൾ ഇവർക്ക് ശരിയായ കാര്യം എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്തുകൂടാണ് അക്കാ മനസ്സിലാക്കാൻ കഴിയും അതാ പറഞ്ഞർത്ഥം അതാ അതിന്റെ അർത്ഥം പറയുന്നത് ദുരന്മാക്കള് അവർ മറ്റുണ്ടാക്ക പഠിപ്പിക്കുന്ന കാരണത്താൽ ജനങ്ങൾ എന്താക്കും ബഹീമത്തിന്റെ അവസ്ഥയിൽ നിന്ന് ഇൻസാന്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് ഇൽമില്ലേ ഇൽമിന് വില കൊടുക്കണം ഞാൻ എന്തൊക്കെ ഇത്തടക്കേണ്ടത് മറ്റിനൊക്കെ കൊടുത്തിട്ട് അല്ലെ ഒമാഹുവ എന്താണ് വലിയായി കൊടുക്കേണ്ടത് ചോദിച്ചപ്പോൾ കാല അന്തനഹു ഭീമി അത് വഹിക്കാൻ പറ്റുന്ന ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തി കളയാക്ക അങ്ങനത്തെ രാത് എത്തിച്ചു കൊടുക്കുക പറഞ്ഞു വച്ചാൽ ഓനത് നഷ്ടപ്പെടുത്താതെ തോട്ടിച്ചു ഓൻ കൊടുത്തു കൊടുക്കുക തങ്ങളുടെ ഉമ്മത്തിനെ കൊണ്ട് ഏറ്റവും കാരുണ്യമുള്ളവരാരാന്നറിയോ വലമാക എത്രത്തോളം അവർ അവരെ മാതാപിതാക്കന്മാർ സ്നേഹിക്കുന്നതിനേക്കാളും സ്നേഹിക്കുന്നത് വലമാകാവുന്നു എന്നുള്ള മാതാപിതാക്കന്മാരുടെ സ്നേഹിച്ച് ചോറുക ചെയ്യും കൊടുക്കും ചിലപ്പോ സ്നേഹിച്ചാൽ ഓറെ ദീനീയമായ തെളിവുകൾ തീർത്തിട്ട് അതിന്റെ ഉള്ളതുപോലെയൊക്കെ പത്തു കൊടുക്കലുണ്ടായിരുന്നു അപ്പൊ ആരൊക്കെ ഞാൻ കൂടുതൽ ഉപകാരത്തിനെത്തിയത്മാങ്ങ അതപ്പം ചോദിച്ചതാക്കാം മാതാപിതാക്കന്മാരെക്കാളും പ്രിയമുള്ളവർ ഒരമാകാന്ന് പറയാൻ കാരണം എന്താ കാരപ്പം പറഞ്ഞു ദുഞ്ഞാവിലെ തീ സംഭവിക്കുമ്പോൾ എന്താകും എന്നറിയാം ഉമ്മയൊക്കെയും വന്നിട്ട് ഉണ്ടാകും അല്ലെ അല്ലെ മനേ മണേനോട്ട് പിടിച്ചു വെച്ചിരുന്നു അവനെ രക്ഷപ്പെടുത്തു അല്ലെ മാഗം ഉണ്ടാക്കണെന്ന് അറിയാം നരകത്തിലെ തീനൊക്കെ സവാർമാകുന്നു നരത്തിലേക്ക് പോകേൻ വക അവ തുമ്മൽ തുമ്മൽ തുമ്മൻ ഇൽമിൻ്റെ നാല് തീർത്തിരുന്നു ഒന്നാം സ്റ്റേജിയിൽ സുത്ത് സുന്തെന്ന് പറഞ്ഞാൽ മൗനമായിട്ട് ഇങ്ങനെ പറയുന്നത് പറഞ്ഞെന്താണ് വളരെ കണ്ട വേറെ വസാനും വേറെ കളിയും ചേരിയും തമാശയും പോകുമ്പോൾ വിളിക്കലും മൊബൈൽ ഒഴിച്ചിലാക്കിയാൽ ഇരുന്ന് കയറില്ല രണ്ടാമത്തെ കുമ്മൽ പറയുന്നതിലേക്ക് പൂർണ്ണ ശ്രദ്ധ പതിപ്പിക്കലാണ് തുമ്മൽ നിസ് പിന്നാലെ മനസ്സിൽ ഉറപ്പിക്കലാണ് ഞാൻ കേട്ടതുണ്ടല്ല മനസ്സിൽ തന്നെ തുമ്മല്ലാമോ പിന്നെ അതുകൊണ്ട് അമൽ ചെയ്യുക തുമ്മൽ എത്തുന്നു പിന്നെ വാഗാക്കി പറഞ്ഞു കൊടുക്കുക അഞ്ചായത് സ്വന്തം ഇപ്പൊന്ന് അമ സ്വത്ത് സുമ്മൽ നിസ്മായും തുമ്മൽ നിൽക്കുന്നു സുമ്മല്ലാമോ ആ ഫാൻഷൻ അപ്പൊ ആദ്യം അച്ചടക്കം പണം അച്ചടക്കം ഇല്ലാണ്ട് ഇസ്റ്റി നടക്കൂല ഇസ്റ്റിമാക്കി വെച്ചിട്ട് ഇപ്പൊന്ന് പോണം അതിലേക്ക് കുറച്ചൊക്കെ പറഞ്ഞു എങ്കിലോ അവരില്ലാണ്ട് പോലെടുത്തു കാര്യമില്ല പിന്നെ അല്ലിമക്കലുഹലൂ നിന്റെ ഇൽമനെ നീ എന്താക്കണം പഠിപ്പിച്ചു കൊടുക്കണം ആര്ക്ക് അറിയാത്തത് നീ വേണ്ടുന്നത് പഠിക്കണം ആര വെക്കുന്നെന്ന് നീക്ക് അറിയാത്തത് നീക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന അറിയുന്ന രണ്ടാവില്ല ഓറവെക്കും പറ്റി പഠിക്കുകയും നിനക്ക് അറിയാത്തത് അറിയുന്ന ആളൊക്കെ പഠിക്കുക നീ അറിയാത്തത് കൈമാറുക നീ ഇപ്രകാരം ചെയ്താൽ ഉണ്ടാകും അഹിംസമാജഹിന്തമാഭ്യന്തമായി നീ അറിയാത്തത് എനിക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടും പഠിച്ച പഠിച്ച് നോക്കാം മനസ്സിന് ഓർമ്മിച്ച് നോക്കാനും കഴിയും ബാതാക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആദ്യം ഉണ്ടാകും അവിടെ മനസ്സിൽ ഉറക്കുമല്ല രണ്ടു കാര്യം കിട്ടും ഒന്നറിയാത്തത് പഠിച്ചു പഠിച്ചത് മറക്കാണ്ടിരിക്കുന്നു വക്കാല മഹാദമിന് ജബൽ തങ്ങൾ പറഞ്ഞു താലുമിനെ സംബന്ധിച്ച് ആര് പറയുന്നത് മഹാദിന് ജബൽ തങ്ങൾ പറഞ്ഞിരിക്കുകയോ അപ്പൊ ഇത് മാഗ് തങ്ങളെ നോലായിട്ടാ പറയുന്നത് അതോടൊപ്പം തന്നെ വറായിട്ടു മറക്കൂ ഇത് നബീസുള്ള അലീബത്തല്ല മതങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത് മാഗ് തങ്ങളെ കലാമാറ്റി ഉദ്ദിരിക്കുന്നു പക്ഷേ ഇതേ മാറുന്നുണ്ട് വേറെ അതീതും കണ്ടിട്ടുണ്ട് എന്താ പറയുന്നത് فإن تعلمه لله حسيه وطلبه عباده والمداومته تسبيحا والبحث ان جهاد وان تعلمه ما لنا تعلمه وتدقت وبحثه ليقربته وهو العنيت المهدا وصاحب كل حلواه في, في بولد صدق الله ماشيടാ jawabu baik ta'alluma ta'aliminde motta pravayila adu parindu madu thangal ta'allum nornjanu padikal പഠിപ്പിച്ചു കൊടുക്ക നിങ്ങൾബിനെ പഠിക്കുകയും ഹസിയത് അത് അള്ളാഹുത്താനായിട്ട് വേണ്ടി പഠിക്കല്ലെന്നത് ഹസിയത്താകുന്നു അൽബിനുണ്ടാകുന്ന ഭയോക്തിക്ക് പറയും ഹസിയത്വം ആ തലബു കാരണം പൈന്ന അതിപ്പുറം വായിച്ചപ്പോ താലിലുമാണല്ലേ വെച്ചിട്ട് അപ്പൊ തലബു അബാദത്തുൻ അത് തേടൽ മഹത്തായി അഭിബാധത്താകുന്നു പിന്ന അത് ചർച്ച ചെയ്യലതാ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോണ്ടും പറഞ്ഞോണ്ടും മുതാറസാർത്ഥം പറഞ്ഞു അത് തസ്മീഹന്റെ സ്ഥാനത്താകുന്നു വൻ ബഹത് അൻ ജിഹാദുൻ അതിനെപ്പറ്റി ആഴത്തിൽ കണ്ടെത്താൻ പോക്കണ്ടല്ല ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കൽ എന്ന് പറഞ്ഞതാണ് കളച്ചു മറച്ചു പരിശോധിക്കലേ അത് ജിഹാദാണ് യുദ്ധത്തിന് പോക്കില്ലേ ആധ്വാനം അതറിയാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അത് ശ്രദ്ധയാകുന്നു പിന്നുഹുഹിനി അത് പറ്റുന്ന ആളുകൾക്ക് അതിനെ ദാനം ചെയ്യൽ കുറുമ്പത്തുൻ അല്ലാനെ കൊണ്ട് അടുപ്പിക്കുന്നതിന് അമനാകുന്നു ബഹുമല്ലീ സെൽഫി ഒറ്റക്കാന്ന അവസരത്തെ ഏനം പോക്കാന്ന് സാധനമാണ് ഇരുന്ന് ഒറ്റക്കാന്ന് ഒന്നും വേണ്ട ഒരു ഗീത്താവൃത്തി അറിയുന്നു കഴിഞ്ഞാൽ പിന്നെന്ത് ഒറ്റക്ക് അങ്ങനെ പോകാൻ മുഖത്തിൽ പിന്നെക്കാം ാരനുമാണ്മീൽക്കുള്ള വഴികാട്ടിയാണ് സന്തോഷകാലം നിർവായത പ്രയാസകാലം അപ്പൊ സന്തോഷത്തിനും സന്താതകാലത്തും നിനക്കെന്താക്കും സബു പഠിപ്പിച്ചതെന്ന് സാധനം രണ്ടാവസരത്തിനുമാണ് അത് സബു ഇതിനെ സന്തോഷം വന്ന അമിതമായിട്ട് എന്താ മക്കല്ല അപ്പൊ അതിനെ കൺട്രോളാക്കാൻ സൗരവാണ് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടി അതിന് സൗരവാണ് അനക്കാലാകണം ഇല്ല വൽ വസീറോ ഇൻ സുഹൃത്തുക്കൾ അടുക്കൽ വഴി ഒരു ഒരു മന്ത്രിയാണ് വൽ കരീബോ ഇൻ ദൽ ഉറബ് ആളുകളുടെ കൂട്ടുകാരനാണ് കരീബ് അടുത്ത ബന്ധുക്കളമാതിരിയാണ് മനാറു സമീനിൽ തന്നെ സ്വർഗത്തിലേക്കുള്ള പാതയിലേക്കുള്ള വിളക്ക് മരമാണ് ഒരു വെച്ചേക്ക് പോകാൻ വേണ്ടി ഒരു വിളക്ക് കസ്റ്റും ഇതിലേക്കൂടി പോയാൽ സ്ട്രീറ്റ് ലൈറ്റ് അറിയില്ലേ അതല്ല സ്വർഗത്തിലേക്ക് പോകുന്ന വെച്ചുള്ള സ്ട്രീറ്റ് ലൈറ്റാണ് എടുത്തത് സ്ട്രീറ്റിലേക്ക് അറിയാം അല്ല സൂണുമ്പോ റോഡുമൊക്കെയാണ് സൂണുമ്പോൾ നടന്നു കൊടുക്കുന്നത് ഈ എന്ന് കാരണത്താൽ ചില ആളുകളെ അള്ളാഹു താല ഉയർത്താറുണ്ട് അപ്പോൾ അവരെ അള്ളാഹുത്താല ഹൈറായ വിഷയത്തിൽ നേതാക്കന്മാരും സാദാത്തിങ്ങളും തന്മാർഗം കാട്ടുന്നപുനമാക്കും അള്ളാഹുത്താല ഉയർത്തിയ കൈറിന്റെ വിഷയത്തിൽ അവർ ആ നേതാക്കന്മാർ വഴികാട്ടികളാണ് മാതൃക അയോഗ്യരാണ്ഹിം അവരോട് മറ്റൊന്നാളുകൾ പിന്തുച്ചു അതില്ലത്തൊരു സിഹൈരി അവർ ഹൈറായ വിഷയത്തിലുള്ള വഴികാട്ടികളാണ് രേഖകളാണ് സൊക്തസ്വാസാറുഹും അവരെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകും മസറമക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ കണ്ടിട്ട് നോക്കും ഓരോന്താ ചെയ്യുന്നത് ഓരോ പ്രകാര ആരെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാ ഇന്ന പോലാണ് നോക്കുന്നില്ല അവരെ ഇക്കാലം കണ്ട കുത്തി മറിയുന്ന അതുകൊണ്ട് നമുക്കെന്ന് പറഞ്ഞു വിടാവുന്ന അപ്പൊ അതിനെ മനസ്സിലാക്കണം മാതൃകാഴ്ച ചോദിക്കുക കുത്തി മറിഞ്ഞു വിടാം എന്ന് നോക്കി പഠിക്കുന്ന അണ്ടെന്ന് വെച്ചാൽ മലായിക്കത്തു മലക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്ന കൊല്ലത്തിയും അവരെ സുഹൃത്തുക്കളാകണമെന്ന് അവരുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളാകണമെന്ന് ആരാഗ്രഹിക്കുന്നു മലക്കുകൾ ആഗ്രഹിക്കുന്നു അജനാത്തി മലായിക്കെത്തിന്റെ ചരകുപയോഗിച്ചുകൊണ്ട് അവരെ തലോടിക്കൊടുക്കുകയാണ് ും പക്ഷിയുമായ സകല വസ്തുക്കളും ലഘും അവർക്ക് വേണ്ടി എത്ര വരാത്ത സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ പോലും അതിലുള്ള മറ്റ് ജീവികളല്ല മത്സ്യങ്ങളല്ലാത്ത മറ്റ് ഹവാൻ പറയൂരി കരയിലുള്ള പൊടിമൃഗങ്ങൾ അതും സത്രി വാൻ മൃഗങ്ങളും വസ്ത്രമുജോ ആകാശം മകന നക്ഷത്രങ്ങൾ അതിനുമ്പ് അവർ അറിയിക്കില്ലേ തകരതും അവർക്ക് പുറത്തല്ലെത്തുന്നു കാരണം കൊലമിനൽ കാരണം ഇൽമ എന്നുള്ളത് കൊരടിലത്തൊട്ട് കൽപ്പിനെ ഹയാത്താക്കുന്ന സാധനമാണ് ഇൽമ് വനൂറുള്ള മിനംതമി ഇരുട്ടുകളിൽ നിന്ന് കണ്ണിലുള്ള കാഴ്ചയും ഏതാണ് പ്രകാശം ഇൽമ തയെടിക്കുള്ള കുംവത്തും പദവി ഒരടിമത് എന്തുകൊണ്ടാണ് ചിന്തിക്കുക എന്നത് നോപുമായിട്ടാണ് തൂക്കേണ്ടത് നോമ്പില്ലേ നോമ്പിലെ സുഹാസിന്റെ കട്ടില് ഇരുന്ന് ചിന്തിക്കുക എന്നുള്ളത് സുഹാത്തിന്റെ മറ്റൊക്കെ അങ്ങനെയാണ് തൂക്കം അതിന് നടത്തലോ നിൽക്കുകയ്യാമി നമസ്കരിക്കലുണ്ടല്ലോ അതിനോടാണ് തൂക്കപ്പിക്കുന്നത് നോമ്പിലൊന്നും ഉണ്ടല്ലൊന്നും മുൻപൂല മോനമാറ്റിങ്ങനെ ആലോചന നടത്തേലി അപ്പൊ നോമ്പൊക്കെ അല്ലെങ്കിൽ തൂക്കപ്പിക്കണ്ടി മുതാറത്തെ നടത്തുമ്പോൾ കുറെ സംസാരിക്കാനുണ്ടാവും നിച്ചിരിക്കുമ്പോൾ കുറെ പാതയായിട്ടും സൂറത്തായിട്ടും വായുവിതെല്ലാം ഉണ്ടാവും വേണ്ട തുക പിന്നിഹിത്താണെ വലല്ല എൽമപയോഗിച്ചാണ് അന്നാ താരം എങ്ങനെയാണ് വെളിപ്പെടേണ്ടത് ആ വെളിപ്പെടുന്ന രീതി എൽമുകൊണ്ടാണ് അന്ന ആനക്കൊണ്ട് ആ ഇൽമ കൊണ്ട് മാത്രമാണ് അന്നാക്ക് വിഭാഗത്തെടുക്കപ്പെടുന്നത് ശരിയാക്കപ്പെടൽ എന്തുകൊണ്ടാണ് അള്ളാഹു താലാന്റെ തസ്മീഹം തംജീതക്കെ തന്നിലല്ലേ അതും ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒഫിയന്തിയല്ലു മന്തി അപ്പോൾ ഇൽമുപയോഗിച്ചാണ് അന്നാലെ തവഹീദും തസ്മീഹും തഹമീദന വരേണ്ടത് അല്ല നിമസം പോലെയാണെങ്കിൽ അതുകൂടാണ്ട് നൽകിയില്ല യുദ്ധമർവ് അതുപയോഗിച്ചാണ് ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കപ്പെടൽ എന്തുകൊണ്ടാണ് അർഹാം നിൽമുപയോഗിച്ചുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടലേ വബിഹി യൂറഫൽഹാം അലാലെന്ത് ഹറാം എന്നറിയപ്പെടൽ ഇൽമ മുഖേനയാകുന്നു ണെന്ന് പറഞ്ഞില്ലേ മൗമാരി സരീതായ ആളുകളില്ലേ സൗഭാഗ്യവാന്മാര് അവർക്കാണ് അള്ളാഹു താലാ ഇലമിനെ കൽബയിൽ തോന്നിപ്പിച്ചു കൊടുത്തത് ഇത് പഠിക്കണമെന്നും ഇതിനെ വേണ്ട വെക്കണമെന്നും ഇത് വേണ്ട പോലെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഇതായ ആളുകൾക്ക് അല്ലാക്കാൻ തോന്നിച്ച് കൊടുത്തു ശക്തിയായ ആളുകൾക്ക് അള്ളാഹു താലാ അതിനെ തുടർബാതിൽ തടഞ്ഞു പറയുന്നതെന്താണെന്ന് അറിയോ ഇത്ര നേരം ഇന്ന് പഠിക്കലും പഠിപ്പിക്കലും എന്നുള്ളത് ആയത്ത് ഹതിയത്ത് അസംഭാരിങ്ങനല്ലേ ഉണ്ടാകുന്നത് ഇത് ബുദ്ധിപരമായ കുറെ തെളിവുകളാണ് നല്ല ഒത്തിരി പ്രകാരം സാധിക്കും അത് വലിയ ഉന്നതമായ